ഇവിടെ ഒരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാവുമായിരിക്കാം ചലനം സംഭവിക്കണമെങ്കിൽ ചലനമില്ലാത്ത നിശ്ചലമായ ഒരു അധിഷ്ഠാനം അല്ലെങ്കിൽ ഒരു ആധാരം വേണം ഈ ആധാരത്തെയാണല്ലോ ബ്രഹ്മം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ആധാരമാണല്ലോ ബ്രഹ്മം ശരി ആ ബ്രഹ്മമാകട്ടെ അതല്ല അത് മറ്റൊന്നില്ലാത്തതാണ് അതായത് അത് രണ്ടല്ലാത്തതാണ് അതും ശരി തന്നെ അങ്ങനെയാവുമ്പോ ഇവിടെ ചോദ്യം ഇവിടെ ചലിക്കുന്നത് എന്ത് ചലിക്കാത്തതെന്ത് അഥവാ ചലനം സാധ്യമാകുന്നത് ഇത് ഉത്തരം തന്നെയാണ് ഇത് ചോദ്യമല്ല അത് ഉത്തരമാണ് ഈ ഒരു നിശ്ചലാവസ്ഥയാണ് നമുക്ക് ഇതിന് ഉത്തരമായിട്ട് കിട്ടുക കാരണം ചലനമില്ല എന്നാ ചലനമുണ്ട് ബ്രഹ്മത്തിൽ വേറെ അപ്പൊ ചലിക്കുന്നു എന്ന് തോന്നുന്നത് അത് തോന്നലാണ് ചലിക്കുന്നില്ല എന്നുള്ളതോ അതിൻ്റെ പരമമായ അവസ്ഥയാണ് അതിൽ നിന്ന് അന്യമായി വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൊ തിരമാലയ്ക്ക് തോന്നുന്നു ഞാൻ ചലിക്കുകയാണ് തിരമാല ഒരിക്കൽ അറിയണം ഞാൻ ജലമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജലത്തിന്റെ സൂക്ഷ്മതലത്തിലേക്ക് തിരമാല ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ എന്നിൽ യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയും സമയം തന്നെ നമുക്ക് നമ്മുടെ നമ്മൾക്ക് കാലം എന്നത് ടൈം സമയത്തെ നമ്മളിപ്പോ ഒരു പത്ത് മിനിറ്റ് ഒരു ഉച്ച ഒരു പത്ത് മിനിറ്റ് പത്രമൊക്കെ വായിച്ച് അങ്ങനെ അങ്ങോട്ട് മയങ്ങി പത്ത് മിനിറ്റ് പക്ഷെ പത്ത് മിനിറ്റ് മയങ്ങിയോ ഇല്ല ഒരു ഒരു മിനിട്ടോ അര മിനിട്ടോ ഈ ഒരു അര മിനിട്ടില് നമ്മളൊരു അമ്പത് വർഷത്തെ കാര്യം വളരെ അടുക്കോടുകൂടി കാണുന്നു ആലോചിക്കാറുണ്ടോ നിങ്ങളിതൊക്കെ അൻപത് വർഷത്തെ കാര്യം ചിലപ്പോൾ മുത്തശ്ശനാവുന്നത് കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാഗമൊക്കെ കഴിഞ്ഞ് വലിയൊരു ചാരികസേരരി ഇരിക്കുന്നതും അങ്ങനെ ഭാഗം വയ്ക്കുമ്പോഴുള്ള ബഹളവും ആ ബഹളത്തിൽ ആരോ അടുത്തുള്ളവര് ഇടപെടുന്നതും അങ്ങനെ ഒരു തൻ വാക്കത്തെ എടുത്ത് വെട്ടുന്നതും പോലീസ് വരുന്നതും പിടിച്ചു പിന്നെ കോടതിയിൽ കേസ് വിസ്താരം നടക്കുന്നതും അവസാനം അവനെ ജയിൽ മോചിതനായിട്ട് തിരിച്ചവൻ താടിയൊക്കെ നീട്ടി തിരിച്ച് വരുന്നതും എല്ലാം കാണുന്നു എവിടെ വെറും രണ്ട് മിനിട്ടിൽ ഒരു മിനിട്ടോ അര മിനിട്ടിലോ അരമിനിട്ടിൽ ഞാനൊരു വലിയ കാലത്തെ അനുഭവിക്കുന്നു അപ്പോ ടൈം സ്കെയിൽ ഈ ചലനം എന്നത് നാം കാണുന്നതല്ല ഒരു മാറിക്കഴിഞ്ഞു അതാണ് സ്വാമി അലാധ എന്ന് പറഞ്ഞത് തീക്കുള്ളി പ്രകരണം ഇതിനെക്കുറിച്ച് ഈ കർമ്മത്തിന്റെ ഒരു വലിയ തലങ്ങളെ കാണിക്കുന്നതാണ് പ്രത്യേക ഇതിലേക്ക് ചലനം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഫാന് തന്നെ ഫുൾ സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞാൽ കാണില്ല അതിന്റെ കളറൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന്റെ സീലിങ്ങിന് പാകത്തിന് വലിയ അതിന് നിർമ്മാണ ചെലവ് കൂടും പിന്നെ നിങ്ങളൊരു ഫാനിന് ഒരു പതിനായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അത് കറങ്ങുന്നത് കാണില്ല ഒന്നും കാണില്ല എന്നാൽ കറക്ക അവിടെ ഇല്ലേ അങ്ങനെ പല സാധനങ്ങളുമുണ്ട് കറങ്ങുന്നത് കാണാൻ പറ്റാത്തത് എന്നാൽ കറങ്ങുന്നത് കറ നമുക്ക് ഭൂമിയുടെ കറക്ക അനുഭവപ്പെടുന്നുണ്ടോ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക മണിക്കൂറിൽ എത്രയോ വേഗതയില്ല നമുക്ക് അനുഭവപ്പെടുന്നില്ല നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ കറങ്ങും അപ്പൊ ടൈം സ്കെയിൽ അതുപോലെ ചലനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ സമയം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നുണ്ടല്ലോ സമയത്തെക്കുറിച്ച് അതായത് ഭഗവാ അതായത് ഭഗവാന്റെ ഒരു മിനിറ്റ് അതായത് നമ്മുടെ അതായത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പതിനായിരം വർഷമൊക്കെയാണ് ഭഗവാന്റെ ഒരു മിനിറ്റ് അങ്ങനെ ഒരു കാലഗണനയുണ്ട് അങ്ങനെ ഒരാൾ ഒരിക്കൽ ദൈവത്തെ കണ്ടുമുട്ടി അപ്പൊ അദ്ദേഹം ചോദിച്ചു ഭഗവാനെ സമയത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു മിനിറ്റ് അങ്ങേക്ക് എത്രയാണെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതായത് എന്റെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് പതിനായിരം വർഷം ഓ അതായത് എനിക്ക് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പതിനായിരം വർഷം എന്റെ വാച്ചിലെ സെക്കൻഡ് സൂചി എങ്ങനെയൊന്ന് അറുപത് പ്രാവശ്യം കറങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് പതിനായിരം വർഷം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പൊ അദ്ദേഹം ചോദിച്ചു അതെ പിന്നെ ഞങ്ങളുടെ ക്ഷം അങ്ങേക്ക് എത്രയാണ് അദ്ദേഹം പറഞ്ഞു ഒരു രൂപ ഓ അങ്ങയുടെ ഒരു രൂപ ഞങ്ങളുടെ ഒരു കോടി അതെ ഭഗവാനെ ഒരു രൂപ തരുമോ ഭഗവാൻ പറഞ്ഞു ഒരു മിനിറ്റ് റെഡി ഞാൻ തരാം ഒരു മിനിറ്റ് ടൈം സ്കെയിൽ ഇവിടെ ഈ ചലനങ്ങളൊക്കെ ഈ ചലനത്തിൻ്റെയൊക്കെ ആധാരത്തിലേക്ക് നാം വിഴുന്ന സമയത്ത് ദേശവും കാലവും ഇല്ലാത്ത അതീതമായ ഒരു സ്കെയിലിലേക്കാണ് വിഴുന്നത് ഈ സ്കെയിലിൽ ഈ ചലനത്തെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ബുദ്ധി കൊണ്ടറിയണം അതുകൊണ്ട് ചോദ്യത്തിൽ തന്നെ എന്തുണ്ട് ഉത്തരവുണ്ട് വേറെ ഒന്നുമില്ല പറഞ്ഞു ഭഗവാൻ ഏവം വിധമായ യജ്ഞങ്ങൾ ആ യജ്ഞ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടു താത്വികമായി തന്നെയാണ് ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കാഴ്ചയെ യജ്ഞമാക്കുന്നു കേൾവിയെ യജ്ഞമാക്കുന്നു പ്രാണാപാന വ്യാന ഉദാന സമാനന്മാരെ പ്രഥമപ്രാണനിൽ ആവാ ഹോമിക്കുന്ന യജ്ഞം ഇങ്ങനെ ദ്രവ്യയജ്ഞം പല പല യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു എല്ലാം തന്നെ വേദത്തിൽ നിന്ന് അല്ലെങ്കിൽ വിധാതാവിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഈ യജ്ഞം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ യഥയന്മാരാണ് അവർ പ്രയത്നിക്കുന്ന പ്രയത്നശാലികളാണ് അവർക്കതിന്റെ ഫലം കൈവരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ യജ്ഞ ശിഷ്ടമാകുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ ആ പരമമായ സനാതനമായ ബ്രഹ്മാനുഭവത്തിന് പാത്രീഭൂതരാകുന്നു അതുകൊണ്ട് ഈ യജ്ഞഭാവം ആരിലാണോ ഇല്ലാത്തത് അവനോ അവന് ഈ ലോകവും ഇല്ല വേറൊരു ലോകവും ഇല്ല അവനെ സംബന്ധിച്ച് ഇതുമില്ല എവിടെയില്ല തുടർന്ന് ഭഗവാൻ യജ്ഞത്തെ എന്താ യജ്ഞത്തിൻ്റെ ആ ഒരു ഉജ്ജ്വലമായ ഭാവത്തെ ഭഗവാൻ പ്രകടമാക്കുന്നു മറ്റ് യജ്ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു യജ്ഞത്തെ ഭഗവാൻ അവതരിപ്പിക്കുന്നു ഇരുപത്തിമൂന്നാം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തില് ശ്രേയാൻ ദ്രവ്യമയാവം ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ ഹേ പരന്തപ സർവം കർമാഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യതേ ഹേ പരന്തപ അല്ലയോ അർജുന ദ്രവ്യമയാത് ദ്രവ്യരൂപമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ദ്രവ്യത്തിലെ പ്രധാനം ധനം തന്നെയെന്ന് പറയാം ഈ ധനത്തിന്റെ ഉടമയായാല് എന്താണെന്നറിയോ ധനത്തിന്റെ ഉടമയായി ആർ ആര് നിലകൊള്ളുന്നോ അവൻ ഭയത്തിൻ്റെയും കൂടെ ഉടമയാണ് എന്നറിയാം ധനത്തിൻ്റെ ഉടമയ്ക്കൊരിക്കലും ഭയത്തിൻ്റെ എന്താ പറയുക ഉടമസ്ഥതാവകാശം കൂടെ ഉണ്ടാവുമെന്ന് പറയാം ധനത്തിൻ്റെ ഉടമ ഒരുപോലെ ഭയത്തിൻ്റെയും ഉടമയാണ് ഒരു മഹാത്മാവ് പറയണോ ചത്ത എലി ഉണ്ടല്ലോ ആ ചത്ത എലിയെ തിന്നാൻ വേണ്ടിയിട്ട് ിക്കിൽ നിന്നും ഉറുമ്പുകൾ വരുന്നത് പോലെ ഈ ധനികന്റെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും അത് പിരിവുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അപ്പൊ ധനികൻ സദാ സമയം ഭയ ഭയത്തിലാണ് അവൻ കഴിയുന്നത് അപ്പൊ ധനത്തിന്റെ ഉടമ ഭയത്തിന്റെയും ഉടമയാണ് അപ്പൊ ദ്രവ്യ ദ്രവ്യ അതുകൊണ്ട് എന്ത് വേണം ധനം ഒഴുക്കിക്കൊണ്ടിരിക്കണം അതിനെ കെട്ടി നിർത്തരുതുന്ന അതിങ്ങനെ പല ബാങ്കിലും കൊണ്ടിട്ട് അവിടെ എത്ര പലിശ ഇവിടെ എത്ര പലിശ ആ പലിശയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ഇല്ലേ അതുകൊണ്ട് ഈ പിശുക്കി പിശുക്കി ഇങ്ങനെ വെക്കുന്ന അതിനെക്കുറിച്ച് ഒരു പറയാറുണ്ട് പിശുക്കന്റെ മകൻ ധാരാളിയാവും എന്നാ പറയാം ധാരാളിയുടെ മകനോ അവൻ എരപ്പാളിയാവും കാരണം ഒന്നും ഉണ്ടാവില്ല അവനൊന്നുമില്ലല്ലോ എടുത്ത ജലമാക്കൻ ്രവ്യയജ്ഞത്തെക്കാൾ ദ്രവ്യമയാത് യജ്ഞാത് ദ്രവ്യരൂപമായിട്ടുള്ള യജ്ഞം ഭഗവാൻ പറഞ്ഞു അതൊക്കെ ശ്രേയസ്കരം തന്നെ പക്ഷേ പരമമായിട്ടുള്ള എന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അതിൻ്റെ പരിമിതികളൊക്കെ ബോധിപ്പിക്കുകയാണ് ദ്രവ്യമയാതെ യജ്ഞാത് ദ്രവ്യരൂപമായിട്ടുള്ള യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞ ശ്രേയ ജ്ഞാനയജ്ഞം ഒരുവന് നൂറ് രൂപ കൊടുക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് അവന് അറിവ് കൊടുക്കുന്നത് എങ്ങനെ അറിവ് എങ്ങനെയുള്ള അറിവ് അവന് എന്നേക്കും ഗുണം ചെയ്യുന്ന അറിവായിരിക്കണം ചിലരെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ കാശ് കൊടുത്ത് കാശ് കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കും അവരൊരു കാലത്തും ഗുണം പിടിക്കില്ല നമ്മളും പിടിക്കില്ല മേടിക്കുന്നവനും പിടിക്കില്ല അതുകൊണ്ട് അവന് പരമമായിട്ടുള്ള ഒരു അറിവ് എന്തെങ്കിലും ഒരു അറിവ് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാവാനുള്ള എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പൊ ജ്ഞാനയജ്ഞ അറിവിനെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനയജ്ഞ ശ്രേയാൻ അത് ശ്രേഷ്ഠമാണ് ഭഗവാൻ പറയുന്നു മറ്റ് അതുകൊണ്ടാണ് ഈ ഇതിൽ നിന്നൊക്കെയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞത് അറിവാണ് അത് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും അല്ലേ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സ്കൂളിൽ കോപ്പി എഴുതിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ അത് കള്ളന് കൊണ്ടുപോകാൻ പറ്റില്ല കൊടുക്കും തോറും അധികരിക്കുന്നു കൊടുക്കാതിരുന്നാൽ ഇല്ലാതെയായി പോകുന്നു എന്നൊക്കെ അതുകൊണ്ട് ജ്ഞാനയജ്ഞമാണ് പക്ഷേ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല ചിലരൊക്കെ എന്തെങ്കിലുമൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കില്ല ഈ വല കാര്യങ്ങൾ തന്നെ അതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല അതൊക്കെ കുറച്ച് വിഷമാണ് സംസ്കൃതം അറിയുന്നതിന് പിന്നെ നിങ്ങളെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നത് വേഗത്തിൽ നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു പണി സംസ്കൃതം അറിയോ എന്ന് ചോദിക്കില്ല അതെ അറിയാമെന്ന് പറയണോ എന്തെങ്കിലുമൊക്കെ ഹാ ഹൂ എന്ന് പറഞ്ഞോളൂ അതെ അപ്പം ജ്ഞാനയജ്ഞ്രയാൻ അതെ ശ്രേയസ്കരമാണ് ശ്രേഷ്ഠമാണ് ഹേ പാർത്ഥ അല്ലയോ അർജുന സർവം കർമ്മ ഈ എല്ലാ കർമ്മവും അഖിലം ജ്ഞാന അഖിലം എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ അതിൻ്റെ ഫലങ്ങളോടുകൂടി ജ്ഞാനെ പരമമായ ജ്ഞാനത്തിൽ ആ ബ്രഹ്മജ്ഞാനത്തിൽ പരിസമാപ്യത പരിസമാപിക്കുന്നു അതിൻ്റെ പരിസമാപ്തി എവിടെയാണ് അറിവാകുന്ന ബ്രഹ്മത്തിൽ അതുകൊണ്ടാണ് ബ്രഹ്മത്തെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു അറിവാണ് ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അതുകൊണ്ട് അറിയുക മോചിതരാക്കുക റിവാണ് മോചനം അറിവില്ലായ്മയാണ് ബന്ധനം അപ്പൊ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള യജ്ഞം ജ്ഞാനയജ്ഞം അറിവ് നേടുക അപ്പൊ എന്തൊക്കെ ഉണ്ട് അറിവ് ദ്വേ വിദ്യ വേദിതവ്യേ വിദ്യകൾ രണ്ടു വിധം ഉപനിഷത്ത് പരാച അപരാച ഒന്ന് പരയും ഒന്ന് അപരയും അതിന് പര അപര ഒന്ന് ഭൗതിക ജ്ഞാനമാണെങ്കിൽ ഒന്ന് ആധ്യാത്മിക ജ്ഞാനം എന്ന് ഒന്ന് തന്നെ അറിയുന്നത് മറ്റേതോ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെയൊക്കെ അറിയുന്നത് തന്നെ അറിയാതെ തന്നിൽ നിന്ന് അന്യമായതിനെയൊക്കെ അറിഞ്ഞതുകൊണ്ട് അറിവ് പൂർണ്ണമാവോ ഒരിക്കലുമില്ല എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ അറിവ് നേടേണ്ടത് അതിനെക്കുറിച്ച് പറയും ഈ അറിവ് എങ്ങനെ എന്താ പറയാ സ്വായത്തമാക്കണം ഈ അറിവിനെ സ്വാംശീകരിക്കേണ്ടുന്ന മാർഗം രീതി എങ്ങനെയാണ് അതാണ് പറയാൻ പോകുന്നത് തദ്ധി പ്രണിപാ പരിപ്രശ്ന സേവ ഉപദേക്ഷേം ജാ തണിപാ പ്രണിപാദം എന്ന് പറഞ്ഞാൽ നമസ്കാരം എങ്ങനെയുള്ള നമസ്കാരം പ്രകർഷേ നിപത പ്രണിപാദം പ്രകർഷണ നല്ല വണ്ണം നിപത്തതി വിഴിയ അങ്ങട്ട് സാഷ്ടാംഗ നമസ്കാരം അതിനെയാണ് പ്രണിപാതം എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമികള് രാമകൃഷ്ണദേഹന്റെ അടുത്ത് ചെയ്തതാ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും എന്താ കേട്ടത് വിവേകാനന്ദ സ്വാമികള് ഈശ്വരനുണ്ടോ ഈശ്വരനുണ്ടോ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് നടന്നിട്ടുണ്ടായിരുന്നു ശരിയാണ് പലരോടും ചോദിച്ചിട്ടുണ്ട് രാമകൃഷ്ണദേവന്റെ അടുത്ത് വന്നിട്ടും ചോദിച്ചിട്ടുണ്ട് രാമകൃഷ്ണദേവൻ പറയും ചെയ്തിട്ടുണ്ട് പക്ഷേ രാമകൃഷ്ണദേവനുമായിട്ട് ആദ്യം വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെയുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം തന്നെ പക്ഷേ രാമകൃഷ്ണദേവനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായം ആദ്യ കാഴ്ചയിൽ എന്തായിരുന്നു എന്നറിയോ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അറപ്പുളവാക്കുന്ന ഒരു മനുഷ്യൻ എനിക്കെന്തോ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം തീരെ പിടിക്കുന്നില്ല എന്നിൽ വെറുപ്പും അറപ്പും ഉണ്ടാക്കിയെന്നാണ് രാമകൃഷ്ണദേവൻ ആ വൃദ്ധൻ രാമകൃഷ്ണദേവൻ എന്നല്ല ആ വൃദ്ധൻ വേദാനസ്വാമികൾ പറയുന്ന ആ വൃദ്ധൻ എന്തോ എനിക്ക് തീരെ ഇവരൊക്കെ എന്തൊക്കെയോ വലിയ കാര്യം പറയുന്നു പക്ഷെ ആദ്യം കണ്ടപ്പം വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചിട്ടുണ്ട് നീ എന്താ വൈകിയത് എന്നൊക്കെ നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നല്ലോ എന്നൊക്കെ മാത്രമല്ല എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ തരാൻ അയ്യോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പോലെ വിവേകാനന്ദ സ്വാമികളുടെ വീട്ടിന്റെ അടുത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടില് രാമകൃഷ്ണദേവൻ ഒരു ഭജനയ്ക്ക് വരുന്നുണ്ട് അപ്പൊ ഭജനയ്ക്ക് വരാൻ എന്ന സമയത്ത് ചോദിച്ചു അന്ന് വന്ന ആ ചെറുപ്പക്കാരൻ നരേന്ദ്രൻ അവന്റെ വീട് അവിടെയല്ലേ അടുത്തല്ലേ അവൻ വരുമോ അവനോട് വരാൻ പറയണം എനിക്ക് അവനെ കാണണം അവൻ പിന്നെ എന്താ വരാത്തത് എന്നൊക്കെ അങ്ങനെ അവിടെ ചെന്നു വിവേകാനന്ദ സ്വാമികൾ അവിടെ ചെന്നിരുന്നു നരേന്ദ്രൻ അപ്പൊ നരേന്ദ്രനോട് പറഞ്ഞു നീ ഒരു പാട്ടുപാടു പാട്ടുപാടുന്നുണ്ട് ഒരു എന്താ ഏതോ ഒരു ഭജന ഒരു പാട്ടുപാടും വിവേകാനന്ദ സ്വാമികളുടെ ഒരുപാട് കവിതകളുണ്ട് നിങ്ങൾ സാഹിത്യ സർവസ്വം നോക്കിക്കഴിഞ്ഞാൽ കാണാം അതേതോ ഒരു അത് വലിയ സന്തോഷമായി രാമകൃഷ്ണദേവന് നീ അങ്ങോട്ട് വരാനൊക്കെ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് രാമകൃഷ്ണദേവനെ ഒന്ന് നിരീക്ഷിക്കുന്നത് വിവേകാനന്ദ സ്വാമികൾ പിന്നീട് അവരുടെ രണ്ടു മൂന്ന് എന്താ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണദേവനെ എന്താ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത് വിവേകാനന്ദ സ്വാമികളുടെ സാഷ്ടാംഗ നമസ്കാരത്തെ ഒരു മഹാത്മാവ് വിലയിരുത്തിയത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ അടിയറ വയ്ക്കലായിരുന്നു നരക്ഷരകുക്ഷിയായ ആ വയോവൃദ്ധന്റെ മുൻപിൽ ഒരു വാഴ വെട്ടിയിട്ടതുപോലെ വിഷയായിരുന്നു നതൊരു അതൊരു എന്താ പറയുക പ്രണിപാതനമാണ് സമർപ്പണം അത് ആ വിവേകാനന്ദ സ്വാമികള് ഈ ആ ഏത് സ്വാമിയെ കണ്ടാലും അങ്ങനെ ഉണ്ടല്ലോ ആളുകള് കാഷായം കണ്ടാ മതി ഒരു രുദ്രാക്ഷം കണ്ട ഉടനെ വീണു എന്നിട്ട് പറയും അല്ലേ അങ്ങോരക്കള്ളനായിരുന്നു കേട്ടോ നമ്മള് പോയി ഭസ്മൊക്കെ മേടിച്ചില്ലേ നിങ്ങൾ ഈ കാനിനടുത്ത് പോയി വിഴാതിരിക്കുക ആദ്യം ഏത് കാവ്യ എന്ത് കണ്ടാലും ഒട്ടനെ ആരെന്ത് എവിടെങ്കിലും എന്തെങ്കിലും കണ്ടോ ഉടനെ അവിടെ പോയി അമ്പലത്തിൽ ഈ അമ്പലത്തിൽ തന്നെ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഞ്ചു ദിവസം ചെയ്താൽ മതി ഏതെങ്കിലും ഒരു മൂലയിൽ പോയിന്ന് ഒരു കല്ല് തൊട്ട് ഇങ്ങനെ നാല് പ്രാവശ്യം വെച്ചാൽ പിന്നെ അതെല്ലാവരും ചെയ്യും അതിനൊരു വിഷമമൊന്നുമില്ല അപ്പൊ അതൊരു പരീക്ഷ ആവശ്യമുണ്ട് ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് പോയിട്ട് ആദ്യം തന്നെ ദണ്ഡ നമസ്കാരം ഒന്നുമല്ല ദണ്ടമസ്കാരം ചെയ്തോളൂ നല്ല എക്സസൈസാണ് അത്രയെങ്കിലും ഒന്നും എന്താണ് മാറിക്കിട്ടു അഹങ്കാരത്തെ എവിടെ വേണമെങ്കിൽ സമർപ്പിക്കാം അഹങ്കാരത്തെ എവിടെ വേണമെങ്കിൽ സമർപ്പിക്കാം വേദ ചൂടാമണിയിൽ ആ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ സ്വാമി നമസ്തേ നതലോകബന്ധോ കാരുണ്യ സിന്ധോ പതിതം ഭവാബ്തോ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ടിയ ഋജ്വാദി കാരുണ്യ സുധാഭിപ്രിയ ഹേ സ്വാമി നമസ്തേ നതലോകബന്ധോ നമിക്കുന്നവരുടെ ബന്ധുവായിട്ടുള്ള അല്ലയോ ഭഗവന് ആത്മീയ കടാക്ഷ ദൃഷ്ടിയ അങ്ങയുടെ ആത്മീയമാകുന്ന കണ്ണുകൊണ്ട് മാമുദ്ധര എന്നെ ഉദ്ധരിച്ചാലും എന്റെ ആത്മീ ആത്മീയമാകുന്ന അങ്ങയുടെ അറിവ് കൊണ്ട് നോട്ടം കൊണ്ട് എന്നെ എന്നെ ഉയർത്തിയാലും അല്ലാതെ അങ്ങയുടെ എന്തെങ്കിലും സിദ്ധികൾ ഇങ്ങോട്ട് വരട്ടെ ആ ഒരു രീതിയാണ് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ അവതരിപ്പിക്കുന്ന ഒരു രീതി എന്നിട്ടോ ശിഷ്യൻ ചോദിക്കണം കോ നാമബന്ധ കഥമേശ ആഗത കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷയ കോ നാമബന്ധ എന്താണ് ബന്ധനം കഥനേഷ ആഗത ഏഷ ആഗത കഥം ഇതെങ്ങനെ വന്നു എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് മോചിതനാകാം ഇത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിക്കണം വിദ്യാമണ്ണം അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു പ്രണിപാതേന സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാം നമ്മുടെ ശരീരത്തെയല്ല സമർപ്പിക്കുന്നത് ശരീരത്തെ ആർക്കും വേണ്ട എന്ന് പറയാ സമർപ്പിക്കാൻ അതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ ഒരാള് രാമകൃഷ്ണദേവനെ വന്ന് നമസ്കരിച്ച സമയത്ത് രാമകൃഷ്ണദേവൻ അയാളെ തിരിച്ച് അങ്ങോട്ട് നമസ്കരിച്ചു അയാളാകെ പേടിച്ചു പോയി അതെന്തിനാ അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ച് നിങ്ങളെന്തിനാ എന്നെ നമസ്കരിച്ചത് അയ്യോ അങ്ങ് മഹാത്യാഗി എല്ലാം പരിത്യജിച്ച് ഭഗവാനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അങ്ങല്ലേ നമസ്കാരയോഗ്യൻ അപ്പൊ രാമകൃഷ്ണദേവൻ ഒന്നുകൂടെ അയാളെ നമസ്കരിച്ചു അപ്പൊ അദ്ദേഹത്തിന് പേടിയായിരുന്നു പറയാം അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ് എന്തിനാ എന്നെ നമസ്കരിച്ചത് അങ്ങ് പറഞ്ഞത് ശരിയാ കാരണം ലോകത്തിലെ എല്ലാം നിരർത്തകം എന്ന് കരുതി ഭഗവാനെ മാത്രം ആശ്രയിച്ചതാ ഞാൻ ഏറ്റവും വലിയ ഭഗവാനെ ആശ്രയിച്ചു ഞാൻ ഏറ്റവും വലുത് തിരസ്കരിച്ചവനല്ലേ നീ ഭഗവാനെ ഉപേക്ഷിച്ചവനല്ലേ അതിനുള്ള നമസ്കാരാന്ന് പറയാം എന്നേക്കാൾ വലിയ ത്യാഗി നീയാ മഹാത്യാഗി അപ്പൊ നമ്മുടെ സമർപ്പണം എവിടേക്കുള്ളതാ നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണമല്ല പിന്നെയോ അഹങ്കാരത്തിൻ്റെ എന്ന് പറയാം അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് ഉണരാനുള്ള ഒരു നമസ്കാരമാണ് അതിപ്പം ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പം നമസ്കരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും കുനിയാനൊക്കെ കുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പല സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് ചിലപ്പോ സ്ക്രൂ ഒക്കെ വീഴും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും നിൽക്കട്ട മനസ്സുകൊണ്ട് ചെയ്യുക ഏത് ഏതൊരു എന്താ അറിയാനുള്ള ആ ഒരു ശ്രമം നടത്തുന്ന സമയത്ത് നമുക്ക് നമസ്കാരപൂർവമായിട്ടുള്ള ഒരു സമീപനം ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ ശാസ്ത്രമൊക്കെ വിചാരം ചെയ്യുന്നതിന് മുൻപായിട്ട് ശാന്തിമന്ത്രം ചൊല്ലുന്നത് അതിന്റെ താല്പര്യം എന്താണ് പ്രശാന്തമായ ശാന്തമായ മനസ്സിൽ ആവിർഭവിക്കുന്ന ചോദ്യങ്ങൾ സംശയങ്ങൾ അത് ആരോഗ്യപരമാണെന്നാണ് അല്ലെങ്കിലോ അശാന്തമായ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ ഒരുവനെ ശാന്തിയിലേക്ക് നയിക്കില്ല അശാന്തിയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ശാന്തിമന്ത്രത്തിൽ ശാന്തിമന്ത്രത്തോടുകൂടി ഉപനിഷത്തൊക്കെ ആരംഭിക്കുന്നത് ശാന്തിമന്ത്രത്തിൽ നിന്ന് ശാന്തി ആ ശാന്തി ശാന്തമായ മനസ്സിൽ ഉണ്ടാകണം പ്രശ്നങ്ങൾ അതിനെ ശാന്തമാക്കണം അപ്പൊ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് താൻ സമർപ്പിതനാകുന്നതോടുകൂടി താൻ ശാന്തനാകും സമർപ്പിതനാകാത്തവന് ശാന്തനാകാൻ സാധ്യമല്ല നിങ്ങളാലോ നിങ്ങൾ നോക്കിക്കോളൂ പലപ്പോഴും നമുക്ക് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ നമസ്കരിക്കാൻ നേരത്തെ നമ്മൾ നോക്കും എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് കാരണം നമ്മളിട്ട വസ്ത്രമൊക്കെ അത്രയും നല്ലതാണ് അവിടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എണ്ണയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാതെ പോകാൻ അതുകൊണ്ട് നിങ്ങൾ സൂര്യനെ നമസ്കരിച്ച് പഠിക്കും സൂര്യ നമസ്കാരം നല്ലതല്ലേ പിന്നെ ചിലർക്കുണ്ട് എങ്ങനെയാ എവിടെയാ നമസ്കരിക്കേണ്ടതൊന്നും അറിയില്ല റോട്ടിലാണെങ്കിലും സ്വാമിയെ കണ്ട ഒറ്റ നമസ്കാരം അതെ പറഞ്ഞിട്ടുണ്ട് ന ഗുരു എവിടെ കണ്ടാലും ഉടനെ നമസ്കരിച്ചോളാം മനസ്സുകൊണ്ടാകാം ഇതൊക്കെ നമ്മളെ ആ പ്രണിപാതം എന്ന് പറയുമ്പം നന്നായിട്ടുള്ള ആ നമ്മുടെ അഹങ്കാരത്തെ പൂർണ്ണമായി സമർപ്പിക്കുക അഹങ്കാരത്തിൻ്റെ സമർപ്പണമാണ് നടക്കേണ്ടത് അല്ലാതെ നമ്മുടെ സത്തയെ അല്ല സമർപ്പിക്കുന്നത് പലപ്പോഴും ആളുകൾക്ക് ആ തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ സത്തയെ ആർക്കെങ്കിലും ആരുടെയെങ്കിലും കാലിൽ ഏ എനിക്ക് വല്ലവൻ്റെയും കാലിലൊന്നും പോയി വീഴുന്നത് നിങ്ങളെപ്പോലെ എനിക്ക് അത് ബുദ്ധിമുട്ടാണ് നല്ലതാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു യുക്തിയുണ്ട് എന്ന് പറയാം അതുകൊണ്ട് യുക്തി ഇതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണം എവിടെയെങ്കിലും ഇതൊന്ന് സമർപ്പിക്കണമല്ലോ അതുകൊണ്ടാണ് അത്ര ജയിലിൽ കയറുന്ന സമയത്ത് ജയിലിലേക്ക് കയറാൻ ചെറിയ വാതില തല കുനിച്ചു വരണം അത്രേ കയറാൻ അവിടെ തല നിവർത്തി കയറാൻ പറ്റില്ല കുറച്ച് ഏതായാലും ഞാൻ ഇവിടുന്ന് എന്താ ഇങ്ങോട്ടേക്ക് കയറണം അപ്പൊ സമർപ്പണം എന്നിട്ടോ പരിപ്രശ്നേന പരിപ്രശ്നത്തിലൂടെ പരിപ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹമുള്ള തനിക്ക് ഒരു പ്രശ്നമായി നിലകൊള്ളുന്ന ഇതറിഞ്ഞേ മതിയാകും അങ്ങനെയുള്ള തൻ്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കണം ചോദിക്കണം പരിപ്രശ്നേന പിന്നെയോ സേവയ സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സേവയല്ല അങ്ങനെ ഒരു സേവ അല്ലേ പരിപ്രശ്നവും സേവയും സേവയിലൂടെ നീ എന്തു വേണം തത് വിധി അതിനെ അറിയണം ഉപനിഷത്തില് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ജ്ഞാനത്തെ സ്വീകരിക്കേണ്ടുന്ന മാർഗത്തെക്കുറിച്ച് പറയണം എവിടെ നിന്നാണോ നാം ഈ അറിവ് നേടാൻ ശ്രമിക്കുന്നത് ആ ഘടകത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം ഇതാണ് ഒരു വിനയാന്വിതമായ ഒരു സമീപനം അതിപ്പം നിങ്ങൾക്ക് ഭഗവത്ഗീതയോട് ആണത് ഉണ്ടായിരിക്കേണ്ടത് പിന്നെ നമ്മുടെ ഗുരുപരമ്പരയോട് ഇതാരാണോ നമുക്ക് കൈമാറ്റം ചെയ്ത് തന്നിട്ടുള്ളത് അവരോട് ഈ ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനോട് അതുകൊണ്ടാണല്ലോ ഗ്രന്ഥം വിചാരം ചെയ്യുന്നതിന് മുൻപായിട്ട് നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ നമസ്കാരം അവിടേക്കുള്ളതാണ് ആ വിശാല ബുദ്ധിക്ക് മുൻപിൽ നമസ്കാരം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ കുറിച്ചിട്ട് അപ്പം നമസ്കാരം അതിന്റെ താല്പര്യത്തെ ഏതൊരു താല്പര്യത്തിനായിക്കൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യം എന്താണ് ഗ്രന്ഥ വിചാരത്തിലൂടെ അത് സാധിക്കട്ടെ എന്ന ഭാവത്തിലുള്ള നമസ്കാരങ്ങൾ അതിനെ അറിയൂ തദ്വിദ്ധി നീ അറിയണം എങ്ങനെ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ സേവയാ എന്നുള്ളത് ഗുരുകുലത്തിലൊക്കെ ഗുരുവിനെ സേവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് ആശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് എങ്ങനെയാണ് സ്വാമിക്ക് പറയേണ്ടതെന്നറിയില്ല കാരണം നിങ്ങൾക്കൊക്കെ അത് കിട്ടാത്തവരാണല്ലോ അതൊരു സുവർണ കാലമാണ് ആശ്രമം ഒരു ഗുരുവിൻ്റെ കീഴിൽ ആ ഗുരു അച്ഛനും അമ്മയും ഒക്കെയായി മാറി ആ ആശ്രമത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ കഴിയുന്ന ഒരു സുവർണ കാലം അപ്പൊ ഗുരുവിന് ചെയ്തു കൊടുക്കാൻ മത്സരമായിരിക്കും അതുകൊണ്ടാണല്ലോ ഗുരുവിന്റെ ഗുരുവിന്റെ കാല് പാദസേവ ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് കേട്ടിട്ട് ഒരു പാദം അങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുക മറ്റവൻ വന്നിട്ട് ഇതെന്റേത് എന്ന് ഭാഗം വെച്ചു തന്ന അല്ലേ അപ്പൊ ഒരു പാദത്തിന് എന്തോ കൊതുക് വന്നിരുന്നപ്പം ശിഷ്യൻ അത് തട്ടിയപ്പം മറ്റേ കാലിലായിരുന്നു അപ്പൊ മറ്റവൻ ഇതിന് ഒന്ന് അങ്ങോട്ട് കൊടുത്തു നീ എന്താ ഇത് കടിക്കാം അങ്ങനെ വടിയെടുത്ത് ഒരു കഥയുണ്ട് പിന്നെ വടിയൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ മാറി മാറി ഗുരുവിന്റെ പാദത്തെ സേവിച്ച കഥ ഏതായാലും അവിടെ ആശ്രമത്തിലൊരു മത്സരമായിരിക്കും ഗുരുവിനെ സേവിക്കാൻ ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊരു വേറൊരു ഒരു കൾച്ചറാണ് അവിടെ എന്ന് പറയാം അതിനൊക്കെ സ്വാമി നിങ്ങളെ മുൻപിൽ നിങ്ങളോട് വിസ്തരിച്ച് നിങ്ങളുടെ അസൂയ ഉണ്ടാക്കുന്നിരിക്കണം അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ആശ്രമങ്ങളിൽ അന്തരയോഗം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ആ ആശ്രമത്തിൻ്റെ ഒരു ചുറ്റുപാട് അറിയാൻ ഒരു ശ്രമം നടക്കുക ഞങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന മൂന്ന് വർഷം പത്രവായന ടി വി അങ്ങനെയുള്ള ഒന്നുമില്ല വെറും ഈ ശാസ്ത്രവും ശാസ്ത്ര വിചാരവും പിന്നെ പറയുന്നത് ഗുരുവായിട്ടാണ് സഹബ്രഹ്മചാരികളോട് നമുക്ക് അത്രയൊന്നും ഇതുണ്ടാവില്ല ആ ആ സേ ആ ഒരു സേവയിലൂടെ അതൊരു പ്രത്യേക ഒരു ബന്ധമാണ് ഒരു പ്രേമബന്ധമാണെന്ന് പറയാം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ് അവിടെ വേറെയൊന്നുമില്ല അതിലാണിത് ഒഴുകേണ്ടതെന്ന് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം സാധി സാധിക്കുകയും അപ്പൊ അത് നമുക്ക് ശാസ്ത്രത്തോടുണ്ടായാൽ മതി ഈ ശാസ്ത്രത്തെ ഈ ശാസ്ത്രം എന്നെ എന്ന എനിക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോകുന്നതാണ് ഭഗവത്ഗീത ഗാന്ധിജിക്ക് ഗുരുവായിരുന്നത് ഗീതയല്ലേ ഗാന്ധിജി വേറെ ആശ്രമങ്ങളിലൊന്നും പോയി ഗുരുക്കന്മാരെയൊന്നും പോയിട്ട് നിരന്തരം പാദസേവയൊന്നും ചെയ്തിട്ടില്ല ഗീതയെ ഗുരുവായി വരിച്ചതാ അങ്ങനെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഗുരുവായിട്ട് വരിക്കാം പക്ഷേ ഓർത്തുകൊള്ള ഗുരുവായി വരിക്കുമ്പം വളരെ സൂക്ഷിച്ച് വേണം വരിക്കാൻ അതുകൊണ്ട് ഭഗവത്ഗീത ശങ്കരാചാര്യ സ്വാമികൾ സൂര്യൻ സൂര്യനെ പറഞ്ഞു കൊടുത്തു നാലാം അധ്യായത്തിൽ ആരംഭം സൂര്യനിത് ഉപദേശിച്ചിട്ടുണ്ട് സൂര്യനെ ഗുരുവായി ഭരിച്ചോളൂ ഒരു കുഴപ്പവും സംഭവിക്കില്ല സൂര്യനെക്കുറിച്ച് യാതൊരു അപകീർത്തിയും പത്രത്തിൽ വരില്ല ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കാം സൂര്യൻ ഇത് അന്ന അഴിമതികളിൽ പെട്ടിട്ടുണ്ട് മൂപ്പരെക്കുറിച്ച് കേസുകളൊക്കെ ഉണ്ട് വരില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിൽ സംഘർഷങ്ങളുണ്ടാവും ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് ആ ആ ഒരു പ്രണിപാദനം കൊണ്ട് നമസ്കാരം കൊണ്ട് വിനയം കൊണ്ട് അത് നീ അറിയണം പറയണു തത്വദർശിന തത്വത്തെ ദർശിച്ചിട്ടുള്ള തത്വദർശി എന്ന് പറഞ്ഞാൽ ആ സത്യത്തെ അനുഭവപ്പെടുത്തിയിട്ടുള്ള അതുകൊണ്ട് നമ്മുടെ ഭാരതത്തില് തത്വദർശികളാണ് തത്വചിന്തകന്മാരെല്ലാം എന്ന് പറയുന്നത് തത്വത്തെക്കുറിച്ച് ചിന്തിച്ചവരല്ല അത് പാശ്ചാത്യൻ്റെ സൃഷ്ട പാശ്ചാത്യ ലോകത്താണ് എന്താ ചിന്തകന്മാർ പൗരസ്ത്യദേശത്തിൽ പൗരസ്ത്യ നമ്മുടെ ദേശത്തിലെ ചിന്തകന്മാരില്ല നമ്മൾക്ക് ദാർശനികന്മാരാണെന്ന് പറയും അത് അറിഞ്ഞവരാണ് അനുഭവിച്ചവരാണ് ആ ദാർശനികന്മാരിൽ നിന്ന് അവരാരാണ് ജ്ഞാനിനഹ അറിവ് നേടിയിട്ടുള്ളവരാ അവർ തേ നിനക്ക് ജ്ഞാനം അറിവിനെ ഉപദേക്ഷന്തി നിനക്ക് ഉപദേശിക്കും അപ്പൊ ഈ ഒരു വിധിയാംവണ്ണ ഉള്ള സമീപനത്തിൽ നിന്ന് നിനക്കത് കിട്ടണം ആരെങ്കിലും അത് കൊടുക്കുന്നില്ല നിങ്ങൾ സമീപിച്ച ഇടം തെറ്റി എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോവുക അതുകൊണ്ട് ഏതൊരാശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ആ ഗുരു നിങ്ങളെ അവിടെ ഒരു വൃത്തമുണ്ടാക്കി ആശ്രമകാര്യങ്ങളും മറ്റ് സംഗതികളുമൊക്കെ ചെയ്യൂ നിങ്ങൾ അവിടെ പോവരുത് ഇവിടെ പോവരുത് എന്ന നിബന്ധനകൾ വയ്ക്കുന്നുവെങ്കിൽ കൽപ്പനകൾ വയ്ക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു കൊടു പല ആശ്രമങ്ങളും അങ്ങനെയാണ് ചില ആശ്രമങ്ങൾ ഈ ആശ്രമത്തിൽ പോകുന്നതിന് വിലക്കാണ് അവർക്ക് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവാൻ പാടില്ല ഇവിടെ പോവാൻ പാടില്ല അത് കേൾക്കരുത് ഇത് കേൾക്കരുത് അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായി പോയാലോ അതുകൊണ്ട് അങ്ങനെ പാടില്ലയാണ് നിങ്ങൾ ഇവിടെ ഭഗവാൻ ഗീത നിങ്ങൾ അവസാനം കാണുമത് അതുകൊണ്ട് നമുക്കൊക്കെ വലിയൊരു നമ്മളെ ചിന്മയാ മിഷനിലേക്ക് ആകർഷിച്ചതിന്റെ ഒരു പ്രധാന കാര്യം അതാണ് കാരണം ഇവിടെ ചർച്ച ചെയ്തത് സ്വാമി ചർച്ച ചെയ്തത് ഭഗവത്ഗീതയും ഉപനിഷത്തുമൊക്കെയാണ് പൂർവന്മാരായ ഋഷീശ്വരന്മാരെന്താണോ ചെയ്തത് അതാണ് വേറെ ആരുടെയും മഹാത്മ്യമോ മഹത്വമോ പറയായിരുന്നില്ല എന്ന് പറയുന്നത് ശാസ്ത്രം നമ്മുടെ ആധാരശിലയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകാം ഇവിടെ സ്വാമി നൂറ്റിയെട്ട് ദിവസം ചെയ്യാൻ പോണതും ഇതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം കൂടുതൽ അറിയാൻ ശ്രമിക്കാം അല്ലാതെ സ്വാമി നിങ്ങളും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റുമില്ല ഇനി പിന്നെ തുടർച്ചയായിട്ട് എഴുത്തെഴുതാം നിങ്ങൾ അങ്ങോട്ട് വരൂ നമുക്കവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം നിങ്ങളത് ചെയ്യും അങ്ങനത്തെ പരിപാടി ഇല്ല നിങ്ങളറിയാൻ നിങ്ങൾ പോവാ നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല അതും ഇനി അതും പറയട്ടെ നിങ്ങൾക്കും അങ്ങനെയാകാവും അത് കഴിഞ്ഞാൽ കഴി ഇതാണ് അതിൻ്റെ ഇതറിയാ മോചിതം ഇടുക നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കരുത് പലപ്പോഴും അങ്ങനെയാണ് ആശ്രമത്തിലേക്കൊക്കെ നമ്മൾ ഇതറിയാനാ വരിക ആ സമയത്ത് നമ്മളെ വേറെ എന്തെങ്കിലും ഏൽപ്പിക്കും ആശ്രമത്തിലെ ചിലപ്പോ എന്തെങ്കിലും ഒരു കെട്ടിടം പണി ഞാൻ ഏൽക്ക സ്വാമി എന്ന് പറഞ്ഞ് അത് ഏൽക്കും പിന്നെ അതിന്റെ കണക്കുവായി ഇതുമായി അതും ഇതുമൊക്കെയായി പിന്നെ ബ്രഹ്മവിദ്യ ഒന്നുമില്ല പിന്നെ ഈ വിദ്യ മാത്ര അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഓർമ്മയിരിക്കട്ടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഗുരു തന്നെ വ്യതിചലിപ്പിക്കുന്നു എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വൃത്തത്തിൽ നിന്ന് വേഗം പുറത്തു ചാടുക അവിടെ ചിന്മയാൻ സ്വാമികൾ പറയും എന്റെ ആശ്രമം എന്റെ സാന്ദീപനി സാധനാലയ അതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാന്ന് പറയാം അതിന്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കാറില്ല വരാൻ പോവാം ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് മൂന്ന് വർഷം ഭക്ഷണവും താമസവും എല്ലാം തന്ന് പഠിപ്പിക്കുമ്പോ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഉണ്ടോ തിരിച്ച് ആശ്രമത്തിൽ സേവിക്കാം നിങ്ങൾക്കറിയോ പറയാം ഇപ്പൊ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം ഒരാളും ചോദിക്കില്ല തിരിച്ചു വരാൻ പോലീസ് കേസോ പിടിച്ചു കൊണ്ടുവരിക പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എപ്പോ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം ആരും ചോദിക്കില്ല മര്യാദ എന്ന നിലയ്ക്ക് ഒന്ന് പറയണം സ്വാമിജി ഞാൻ പോവുകയാണ് അതിൻ്റെ സുപ്രീം ഹെഡിനോട് ഇത്രയുള്ളൂ നമ്മൾ പൂർണ്ണ സ്വതന്ത്രനാണ് വേറെ യാതൊരു എടാകൂടങ്ങളിലും എന്താ പറയുക ആ വിവാദം ഈ വിവാദം ഒന്നും വേണ്ട കാരണം നിങ്ങൾ ഇതറിയൂ ഇതിനെ അറിയാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കൂ ഇതിനെ കൈമാറ്റം ചെയ്യൂണ്ട് ഇതായി ഇതായിരിക്കണം നമ്മുടെ തുടർന്നുള്ള എന്താ നമ്മുടെ പോക്ക് ഇതിനെ കൂടുതൽ അറിയാൻ ഭഗവത്ഗീതയെ അറിയാൻ ഉപനിഷത്തുകൾ അറിയാൻ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോവുക അതായിരിക്കട്ടെ നമ്മുടെ മുൻപിലെ ലക്ഷ്യം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയണോ നിനക്കത് നീ അറിയണം എന്നിട്ടോ തത്വദർശികൾ ജ്ഞാനികൾ നിനക്ക് ഈ ജ്ഞാനത്തെ ഉപദേശിച്ചു തരും അവരുടെ ആത്മീയമാകുന്ന കടാക്ഷ ദൃഷ്ടി കൊണ്ട് അവർ നിനക്കതിനെ പറഞ്ഞു തരും എന്നിട്ടാളറിഞ്ഞിട്ടിപ്പോ എന്താ ഭഗവാനെ കാര്യം എന്നാണെങ്കിൽ ഭഗവാൻ പറയണു എന്താണ് കാര്യം എന്ന് പുനർമോഹം പാണ്ഡവൂതേണ പുനഃ ഏവം പുനഃ വീണ്ടും ഏവം ഇപ്രകാരമുള്ള മോഹം നിനക്ക് വന്നിട്ടുള്ളൊരു മോഹമുണ്ടല്ലോ ഏതാണ് മോഹം മമ അഹമേഷാം ഞാൻ അവരുടേത് അവരെന്റേത് ഇതാണ് മോഹം അത് മോഹം നയാസ്യസി നീ പ്രാപിക്കില്ല നിനക്ക് ഇപ്പൊ ഏറ്റ മോഹമുണ്ടല്ലോ ബന്ധ ആ ബന്ധനങ്ങളെക്കുറിച്ചുള്ള മോഹം അത് നിനക്ക് കൈമോശം വരും അതിൽ നിന്ന് നീ മോചിതനാകും അനന്തരം അത അനന്തരം ഏന അശേഷാണി ഏന യാതൊന്ന് ഹേതുവായി യാതൊന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം അറിവ് ഹേതുവായിട്ട് അശേഷാണി ഭൂതാനി അശേഷാണി ഒന്നൊഴിയാതെ എല്ലാം ഭൂതാനി എല്ലാ സൃഷ്ടികളെയും ആത്മനി ത്മാവിലും മൈ ച എന്നിലും ദ്രക്ഷ്യസി നീ കാണും അപ്പൊ ഈ അറിവിൻ്റെ ഫലം എന്താണ് യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത് വിജാനത സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ ആത്മനി ഏവ തന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ഭഗവാൻ പറയണു ആത്മനി ആത്മാവിലും മയിച്ച എന്നിലും ദ്രക്ഷസി നീ കാണും ഇതിനെ ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് അതിനാണ് വിശ്വരൂപ ദർശനം എന്ന് പറയാ ഈ വിശ്വരൂപ ദർശനമൊക്കെ നമ്മൾ ഈ കലണ്ടർ കണ്ട് കണ്ട് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെയായിരിക്കണം അത് വിശ്വരൂപം കാണുക എന്ന് പറഞ്ഞാൽ എന്താ ആ ശിവാജിയിലൊരു കലണ്ടർ ഉണ്ടല്ലോ അതിന്റെ രൂപം അങ്ങനെ കാണുക എന്നുള്ളത് അത് ചില സൂചനകൾ നൽകുന്നതാണ് ആ സൂചനയിൽ നിന്ന് പോണം നമ്മൾ കലണ്ടറിൽ നിന്ന് പോണം പുറത്തേക്ക് പോണം അപ്പൊ നീ എന്നിലും നിന്നെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ നീ എല്ലാറ്റിനെ എന്നിലും കാണും എന്നെ മറ്റുള്ളതിലും കാണും ഇതാണ് ഈ കാഴ്ച എന്ന് പറയും ഇതാണ് അറിവ് സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും പ്രപഞ്ചത്തിലെ ഒന്നൊഴിയാതെ ആത്മനി ഏവ തന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ഭഗവാൻ പറയണു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 അതി ചേ അപേ്യേ പാപകൃതം ജ്ഞാനപ്ലവേന വ്രജിം സന്തരിഷ്യേഭ്യ പാപേ്യല്ലേമാരും പാപേ്യല്ല പാപങ്ങൾ ചെയ്തിട്ടുള്ള അതിനേക്കാൾ പാപകൃത്തമഹ അതായത് പാപത്തിൻ്റെ മൂർത്തിമത് ഭാവം ആണെങ്കിലും അസി ചേ അപി ആയി ഭവിക്കുമെങ്കിലും അല്ലെങ്കിൽ ഭവിച്ചവനാണ് എങ്കിലും ഇതാണ് ഗീതയുടെ ഒരു അനുഗ്രഹം എന്ന് പറയാം അതായത് പാപികളിൽ വെച്ച് പാപി പാപികളുടെ പാപി പാപാനാം പാപി ആയിട്ടുള്ളവനാണെങ്കിലും സർവം വ്രജനം ജ്ഞാനപ്ലവേന സന്തരിഷ്യസി സകല വ്രചനം സകല പാപങ്ങളെയും അവൻ ഈ അറിവാകുന്ന ജ്ഞാനമാകുന്ന പൊങ്ങുതടി കൊണ്ട് അല്ലെങ്കിൽ തോണി കൊണ്ട് എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി തോണി വെള്ളത്തിൻ്റെ മുകളിൽ പോവാൻ ആശ്രയമായിട്ടുള്ളത് അത് സന്തരിഷ്യസി നീ എന്താ കടക്കും താരണം ചെയ്യുന്നവറിയാണ് അപ്പൊ പാപികളിൽ വെച്ച് ഏറ്റവും പാപം ചെയ്തവനും ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താണ് അതിൽ നിന്ന് മോചിതനാ ഇതായിരിക്കാം ഭഗവത്ഗീതയെ കോടതിയിലേക്ക് എന്താ പറയാ കോടതിയിൽ സ്വീകാര്യമായതിന്റെ പിറകിലെ തത്വശാസ്ത്രം ഇതാവണം അല്ലെങ്കിൽ നമുക്ക് വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഏറെ വേറെയുണ്ട് ഹൈന്ദവ സംസ്കൃതിയെ സംബന്ധിച്ച് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഖുറാന് വിശുദ്ധ ഖുറാനുണ്ട് അതുപോലെ ഹോളി ബൈബിളുണ്ട് എന്താ ഭഗവത്ഗീതയാണ് ഒരു അപ്പോ എന്താ ഇത് തൊട്ട് സത്യം ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ പറയുന്ന കളവാണ് എല്ലാവരും ചോദിക്കുന്ന ആൾ പറയുന്ന എല്ലാം ശരി എങ്കിലും ഭഗവത്ഗീത ഭഗവത്ഗീത എന്തുകൊണ്ട് ഭഗവത്ഗീത കോടതിയിൽ അതിനേക്കാൾ വിശുദ്ധി എന്ന് അവകാശപ്പെടാലോ എന്താ വേദങ്ങൾക്ക് അല്ലെങ്കിൽ ഉപനിഷത്തിന് ഈശാവാസി ഉപനിഷത്ത് മതിയല്ലോ അല്ലെങ്കിൽ ഗേനോപനിഷത്തോ കടോപനിഷത്തോ ഒക്കെ മതിയല്ലോ എന്താ കാരണം ഇത് പാപികളിൽ പാപിയെ സ്വീകരിക്കണോ എന്ന് പറയാം ആലിംഗനം ചെയ്യുന്നു ആശ്ലേഷിക്കുന്നു അവനെ ഉൾക്കൊള്ളുന്നു അതാണ് അതിൻ്റെ ഒരു കരുത്ത് എന്ന് പറയാം കോടതിയിലൊക്കെ വരുമ്പം പല വിധത്തിലുള്ള ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ സ്വീകാര്യമായ ഒരു ഗ്രന്ഥമാണ് പാവികളിൽ കുടുംബാവിയാവട്ടെ ആ പാവികളുടെ ഭാവിക്ക് ഒരു കാലത്തും ശരണം എന്താ പറയുക ഗതി പിടിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവനാ തിരിഞ്ഞാൽ മതി എന്ന് പറയാം അതുകൊണ്ടാണ് ഈ രാവണനൊക്കെ ഈ വിദ്യ നന്നായിട്ട് അറിയാം രാവണൻ ജ്ഞാനിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അതുകൊണ്ടാണ് രാവണൻ ഈ രാവണനാണല്ലോ ആദ്യമായിട്ട് ഈ കിഡ്നാപ്പൊക്കെ കണ്ടുപിടിച്ചത് സീതാദേവിയെ കട്ടുകൊണ്ടുവരുന്നത് ആദ്യത്തെ പ്രചന്ന വേഷം നടത്തിയ ആളും അദ്ദേഹം തന്നെയാണ് വേഷം മാറുന്നത് വേഷം മാറി സന്യാസി വേഷത്തിലാ പോകുന്നത് അവിടെ പോയിട്ട് പറയാ സീതാദേവിയോട് എന്താ പറയണതെന്ന് അറിയാം ഗംഭീരമായിട്ടുള്ള എന്താ ഒരു കവിത തന്നെ സീതാദേവിയെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് രാമായണത്തിൽ കാണാതെ ഇത്രയും നല്ലൊരു സുന്ദരി ഞാൻ ആലോചിക്കുക ഈ കാട്ടിൽ ആരാ നിന്നെ ഈ കാട്ടിലാക്കിയത് അവനെ വേണം പറയാൻ പറയുക അതുകൊണ്ട് വളരെ നന്നായിട്ട് പുകഴ്ത്തിന സീതയ്ക്ക് ഇത് കേട്ടപ്പം വളരെ സന്തോഷം തോന്നി രാവണന്റെ ഈ വർത്തമാനം കേട്ടിട്ട് സീത ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ മനസ്സിലായില്ലോ എന്ന് രാവണൻ സത്യം പറഞ്ഞുതാ ഞാൻ ലങ്കേശനായ രാവണനാണ് എന്താണത്ര രാവണൻ സത്യം പറയാൻ കാരണം മൂപ്പര് ധരിച്ചത് കാവ്യായിരുന്നു അതുകൊണ്ട് സത്യം പറഞ്ഞ കാവ്യോട് നീതി പുലർത്തി രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി അവിടെ രാവണൻ ആൾ വളരെ ഈ വക കാര്യത്തിലൊക്കെ ആള് എന്താ പറയുക ഡീസെന്റാണ് അവിടെ പോയിട്ട് അങ്ങനത്തെ അക്രമമൊന്നും കാണിക്കുന്നില്ല അതൊക്കെ ഇപ്പോഴത്തെ അസുരന്മാർക്ക് പോലും മാതൃകയാണ് രാവണൻ പറയുക രാവണൻ ചെന്നു എന്താ എന്നിട്ടിങ്ങനെ ദിവസവും ഓരോരുത്തരെ ഏൽപ്പിക്കും രാവണന്റെ കീർത്തനങ്ങളൊക്കെ പാടാൻ രാവണന്റെ കീർത്തനങ്ങളായിരുന്നു അവർ പാടിക്കൊണ്ടിരുന്നത് രാവണൻ എന്ന് പറഞ്ഞ ആരാണെന്നറിയോ കൈലാസത്തെടുത്ത അമ്മാനമാടിയ ആളാണ് കൊച്ചിപ്പുടിയൊക്കെ കളിച്ചിട്ടുണ്ട് കൈലാസം എടുത്തിട്ട് ഡാൻസൊക്കെ പഠിച്ച ആളാ ഇതൊന്നും പറഞ്ഞിട്ട് സീതാദേവി അനങ്ങുന്നില്ല എന്നാ പിന്നെ രാവണന് വല്ലാതെ വേഷമായി അതാണ് മണ്ടോദരിക്ക് വലിയ ദുഃഖം തോന്നിയത് മണ്ടോദരി ചോദിക്കുന്നുണ്ട് രാവണേട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെ കഷ്ടപ്പെടുക ഞാൻ ആലോചിക്കുക നിങ്ങളുടെ ഈ ദുഃഖം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേഷമാകുന്നു ഊണ് ഉറക്കമൊന്നുമില്ല ഇപ്പം അപ്പൊ ചോദിക്കുന്നുണ്ട് അല്ല അങ്ങ് അപാര പല പല കഴിവുമുള്ള ആളാണ് ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ അങ്ങേക്ക് ഈ പല വേഷങ്ങൾ അറിയാലോ അപ്പൊ എന്തുകൊണ്ട് രാമന്റെ വേഷം കെട്ടിക്കൂടാ രാമന്റെ വേഷം കെട്ടി ചെല്ലു സീതയുടെ അടുത്തു അപ്പൊ രാവണൻ പറയുന്നുണ്ട് എന്താ മണ്ടോദരിയോട് പറയാം മണ്ടോദരി നീ ഒരു മണ്ടിയാണെന്ന് പറയാം കാരണം രാമൻ്റെ വേഷം ഞാൻ കിട്ടിയാൽ എന്നിൽ നിന്ന് കാമൻ ഇല്ലാതെയാവും കാമൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സീതയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി പോവും തൽക്കാലി താൽക്കാലികമായി ഞാൻ രാമൻ്റെ വേഷം കിട്ടിയാൽ ആ വേഷത്തോടെ എനിക്ക് നീതി പുലർത്തേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തതെന്ന് പറയാം അതുകൊണ്ട് രാവണനാകട്ടെ അതുകൊണ്ടാണ് ഈ അസുരന്മാരൊക്കെ ഭഗവത് പാദത്തിലെത്തുന്നത് കൊടിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ഈ ഒരു അറിവ് കിട്ടിയാൽ മോചിതനായി അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് ചിലപ്പോൾ ചിലരെ കുറിച്ചൊക്കെ ഒരു എന്താ പറയുക കുച്ചൊക്കെ തോന്നും ഓ ഇയാളെങ്ങനെ നടന്ന ആളാണ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആൾ നന്നാവുന്ന എത്രയായാലും അങ്ങനെയൊന്നുമില്ല ആകെ മാറി മറിയുമെന്ന് പറയാം അവരൊരു നിമിഷ നേരം മതി ഇതൊക്കെ എന്താ പറയുക ഒന്ന് ആലോചിക്കാൻ എന്ന് പറയാ അപ്പം ആരൊക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകളൊന്നും തന്നെ നിങ്ങളെ ജ്ഞാനം ലഭിക്കാൻ നിങ്ങൾക്ക് തടസ്സമല്ല എന്ന് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളുടെ ചെയ്തികളൊന്നും തന്നെ ഈ ഒരു പരിശ്രമത്തിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സം നിൽക്കാൻ ഈ പറഞ്ഞ ചെയ്തികളൊന്നും ഒരു പ്രകാരത്തിലും നിങ്ങളെ സ്വാധീനിക്കുന്നില്ല നിങ്ങൾക്കൊരു നൂറ് ശതമാനം സത്യസന്ധമായ ഒരു സമീപനം ഉണ്ടായാൽ മാത്രം മതി ഭഗവാൻ പറയുന്നത് അതാണ് സർവേഭ്യ പാപേഭ്യ പാപകൃത്തമ അസി ചേത് അഭി സർവം വ്രജനം ജ്ഞാനപ്ലവേന സന്തരിഷ്യസി അവൻ അറിവാകുന്ന ഈ തോണിയിൽ കയറി അവനങ്ങനെ പോകുന്നു സംസാരമാകുന്ന മൃതിയാകുന്ന ഈ എന്താ തടാകത്തില് അല്ലെങ്കില് സമുദ്രത്തില് എന്ന് പറയാം തുടർന്ന് यहांसी सद अग्निस्मसा हे अर्जुन ज्ञा सर्वर्मा भस्मसा अर्जुन सग्नि एंसी यहामसा कुरते സമിദ്ധ എന്ന് പറഞ്ഞാൽ നന്നായി കത്തിജ്വലിക്കുന്ന കത്തിജ്വലിക്കുന്ന അഗ്നി അഗ്നിയിൽ അങ്ങനെ എന്താ പറയുക അഗ്നിക്കുണ്ടല്ലോ ഒരു സ്വഭാവം അല്ലേ നന്നായിട്ട് അങ്ങനെ എന്തു ഇട്ടുകൊടുത്ത അപ്പം കത്തി തീർന്നു പോവും ആ പാകത്തിന് നിൽക്കുന്ന അഗ്നിയില് ഏദാംസിദാംസിന്ന് പറഞ്ഞാൽ വിറകുകൾ യഥാഭസ്മസാത് എപ്രകാരം ഭസ്മീകൃതമാകുന്നുവോ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടത്തിലേക്ക് വീഴുന്ന വിറകിന്റെ കഷ്ണങ്ങൾ പിന്നെ എന്താവും ഭസ്മമാവും ചാരമാവും പെട്ടെന്ന് അത് ജ്വലിക്കും തഥ അതുപോലെ തന്നെ ജ്ഞാനാഗ്നി അറിവാകുന്ന അഗ്നികുണ്ടത്തിലേക്ക് സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും ഭസ്മസാത്കുരുതെ ഭസ്മമാക്കുന്നു സ്വാമി ഓ അപ്പൊ ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസാണ് അതെ പാപം ചെയ്യാനുള്ള ലൈസൻസാണ് എന്നാലേ ഞാൻ പാപങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ എന്ത് ചെയ്യാം എല്ലാറ്റിനെയും ഭസ്മീകരിച്ചോളാം അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്തോളൂ അപ്പൊ പാപം ചെയ്യാനുള്ള ലൈസൻസാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയാം അതായത് ഇപ്പം നമ്മളെ പാപ പാപബോധം നമ്മളിങ്ങനെ ആലോചിക്കുക ഞാൻ പാപിയാണ് എനിക്ക് എന്തെങ്കിലും ഗതി കിട്ടുമോ ഈ ജന്മത്തിലുണ്ടാവും തോന്നില്ല ഞാൻ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ എന്നെ ഈ ജന്മത്തിൽ കഷ്ടപ്പെടുത്തും നിങ്ങളെ കഷ്ടപ്പെടുത്താനും നന്നാക്കാനും ഒന്നും ആരും ഒരാളും എവിടെയിരിക്കുന്നില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായത് ഈ അറിവാകുന്ന അഗ്നിയിലേക്ക് നിങ്ങൾക്ക് ഹോമിക്കാൻ പറ്റാത്ത വികാര വിചാരങ്ങളോ കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ ഒന്നും തന്നെ ഇല്ലയാണ് ഞാനാഗ്നിയുടെ സവിശേഷത അതാണ് ഇതിലേതും കത്തും സാധാരണ അഗ്നിയില് ഇരുമ്പൊന്നിട്ട അത്ര പെട്ടെന്നൊന്നും കത്തില്ല ഇരുമ്പിനെ പിന്നെ കത്തിക്കണമെങ്കിൽ വേറെ ചില ഇതിലേക്ക് അതിനെ കടത്തിവിടണം ഇരുമ്പിനെയും ഒരുക്കാനൊക്കെ പറ്റും ഇരുമ്പും കത്തും ഇവിടെ കത്താത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല ഇവിടെ കത്തിക്കേണ്ടത് എന്തൊക്കെയാണ് കർമ്മം കർമ്മഫലം പിന്നെ വികാര വിചാരങ്ങൾ എല്ലാം ഈ അഗ്നിയിലേക്ക് ഹോമിക്കുക അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്തതെല്ലാം എന്താണ് ചലനം മാത്രം ചലനങ്ങൾ മാത്രമാണ് ഈ വിശ്വത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതെ പിറകിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചലനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടു ആ ചലനത്തിൽ ഞാൻ ആരാണ് നിശ്ചലനാണ് പിന്നെ അതൊന്നും എന്നെ എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല ഏതുപോലെ എന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒന്നും രണ്ടും ഒക്കെ കിടക്കയിലൊക്കെ തന്നെയായിരിക്കും പാസാക്കിയിട്ടുണ്ടാവുക അല്ലേ ഇപ്പം വലുതായിട്ട് നിങ്ങൾ സോറി പറയാറുണ്ടോ അമ്മയോടും അച്ഛനോടും ഉണ്ടോ അമ്മ സോറി കേട്ടോ അന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ടായിരുന്നു അമ്മ തെറ്റിദ്ധരിക്കരുത് ഇപ്പോഴും അമ്മയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നണം ഇല്ല ഇതുപോലെ കാരണം അന്ന് അറിവില്ലാതെ നിസ്സഹായനായി എനിക്ക് മറ്റ് പോംവഴികളൊന്നും ഇല്ലായിരുന്നു നിസ്സഹായനായി ഞാൻ അതൊക്കെ ചെയ്തു അതൊന്നും ഞാൻ ഇന്ന് ഓർക്കുന്നു പോലുമില്ല ഇതുപോലെ നമ്മുടെ സ്മൃതിപഥത്തിൽ നിന്ന് പൂർണ്ണമായി അറിവാകുന്ന അഗ്നി ഭസ്മമാക്കി കളയുന്നു എല്ലാറ്റിനെയും ചലനം മാത്രം ഒന്നുമില്ല വേറൊരു പാപബോധവും പാപഭാരവും ഒന്നും വേണ്ട നിങ്ങൾക്ക് അയ്യോ സ്വാമി അങ്ങനെയാണോ അതേ അങ്ങനെ തന്നെ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥ നേദ ന യജ്ഞ ഗുരുർ നൈവ ശിഷ്യ പിന്നെ അവിടെ ഗുരു ഇല്ല ശിഷ്യനില്ല എല്ലാം മിഥ്യ എല്ലാം അജ്ഞാനത്തിന്റെ തലത്തിൽ അവിടെ മന്ത്രങ്ങളില്ല തീർത്ഥങ്ങളില്ല ഗുരു ഇല്ല ശിഷ്യനില്ല പുണ്യമില്ല പാപമില്ല ഈ പുണ്യപാപങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ പുണ്യം ചെയ്തവനെ ചകത്താം കൊണ്ടുപോവും പാപം ചെയ്തവനെ അല്ല എന്താ അല്ലേ പുണ്യം ചെയ്തവനെ ഈശ്വരം കൊണ്ടുപോവും പാപം ചെയ്തവനെ ചെകുത്താം കൊണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും ഇല്ല എന്നാ പറയാം ഒരിക്കല് ഒരു പള്ളിപ്പറമ്പില് ഒരു വലിയ മാവുണ്ടായിരുന്നു വലിയ മാവ് അപ്പൊ നല്ല മാമ്പഴം ഉണ്ടാവും ഒരുപാട് മാമ്പഴം ഈ ശവം എടുക്കുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല വളമില്ലേ പക്ഷേ ആർക്കും അത് പഴം കഴിക്കാനൊരു മടിയ ഈ പള്ളിപ്പറം ഈ സെനിത്തേരിയിലേതായതുകൊണ്ട് അപ്പൊ ഒരു ദിവസം രണ്ടുപേര് വന്നിട്ട് ചോദിച്ചു ഇതിനെ ഞങ്ങൾക്ക് തരുമോന്ന് ലേലം പോലെ അവർ പറഞ്ഞു ഞങ്ങളെടുക്കാം എന്നിട്ട് അവർ അവരാലോചിച്ചു ഇതിനെ അടുത്ത സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കാം അറിയില്ലല്ലോ ആർക്കും പക്ഷേ അവബിലെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അറിയുന്നത് അപ്പം അവരുടെ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു അച്ഛോ ഞങ്ങളിതിങ്ങനെ എടുത്തോട്ടെ എന്ന് അപ്പം അച്ഛൻ പറഞ്ഞു കമ്മറ്റിയൊക്കെ ഉള്ളതാണ് അപ്പം ഞാനൊരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തോന്നണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് പള്ളിക്ക് സംഭാവന ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ തരാം ഒരു തുക നിശ്ചയിച്ചിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ പാകാവുന്നേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ അവർ വില നിശ്ചയിച്ചു അച്ഛൻ പറഞ്ഞു സമയമായ നിങ്ങളെടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അവർ വന്നത് പറക്കുന്നത് അപ്പം അച്ഛനോട് ചോദിച്ചു അങ്ങനെ അത് വേണ്ട നിങ്ങൾ സമയാകുമ്പോൾ എടുത്തോളൂ ഞാൻ ഇവിടെ അച്ഛമേനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവരൊരു ദിവസം ഉച്ചയ്ക്ക് വന്നു അത് കയറി അപ്പൊ അവർ അതൊക്കെ ഇങ്ങനെ എന്താ ഒരു കൊട്ട ഇത് നിലത്ത് വീഴാതെ രണ്ടു പേര് കൂടിയിട്ട് പറക്കിയ ഒരുത്തൻ ഓരോന്ന് പറച്ച് താഴെ ചാക്കിലാക്കി വെക്കുന്നു അപ്പൊ രണ്ടെണ്ണം അത് തെറ്റിയിട്ട് വീണു ഇപ്പം മതി പള്ളിയുടെ മതിലിനോട് ചേർന്ന് ടൈമാവും പള്ളി മതിലിൻ്റെ അപ്പുറത്തേക്ക് വീണു രണ്ടെണ്ണം പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ ഇവിടെ ഒക്കെ അപ്പം അവരെ അവരുടെ ഇതെന്താ തുല്യമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാ ഏ പകുതിയും പകുതിയും അത് പകുതി നിനക്ക് പകുതി എനിക്ക് ഇതാണ് ഷെയർ ചെയ്യാം അങ്ങനെ അവര് വൈകി നേരം വൈകി ഇപ്പൊ സന്ധ്യയോടെ അടുത്തു ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ അവർ പകുക്കാണ് അപ്പൊ ആ പകു ഒന്നെനിക്ക് ഇത് ഇതെനിക്ക് ഇത് നനക്ക് ഇതെനിക്ക് ഇത് നനക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് കൂടെ ഒരു ചെറിയ ഇടവഴി ഉണ്ട് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയി അപ്പഴാണ് ഒരു വിശ്വാസി അതിലേ പോകുമ്പോ ഇതാ കേൾക്കുന്നു ഇതെനിക്ക് ഇത് നനക്ക് ഇതെനിക്ക് ഇത് നനക്ക് അപ്പൊ അവൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ശവം ഭഗവാനും ചെകുത്താനും പങ്കുവെക്കുന്നു അവൻ പേടിയായി കാതോർത്തു ശരിയെന്നെയാണോ നോക്കുമ്പോൾ അതെ ഇതെനിക്ക് ഇത് നിനക്ക് അപ്പൊ ചെകുത്താനുള്ളത് ചെകുത്താനെടുക്കണു ഭഗവാനുള്ളത് ഭഗവാനെടുക്കണു അവൻ ഓടി തിരിച്ചു വന്നു അച്ഛനോട് പറഞ്ഞു അച്ഛ പള്ളി പറമ്പിൽ ഭഗവാനും ചെകുത്താനും പങ്കുവയ്ക്കാൻ തുടങ്ങി നീ എന്ത് വെട്ടിത്തരാ പറയണം അങ്ങനെയൊന്നുമില്ല വരൂ അച്ഛൻ ഞാൻ കേൾപ്പിച്ചു തരാം അവസാനം അച്ഛൻ വന്നു കേട്ടു ഇതെനിക്ക് ഇത് നിനക്ക് അപ്പോഴത്തേക്കും കഴിഞ്ഞു അപ്പൊ പറയാം രണ്ടെണ്ണം പുറത്തുണ്ട് ഒന്നെക്ക് ഒന്നി അച്ഛനും മിണു മറ്റനും മിണു രണ്ടു മാങ്ങയുടെ കാര്യ പറഞ്ഞിരുന്നു ഇതുപോലെ ഭഗവത്ഗീതയുടെ അഭിപ്രായത്തില് റിവ് നേടിക്കഴിഞ്ഞാൽ ഈ അറിവിൽ ഭസ്മീകൃതമാകാത്ത യാതൊന്നും തന്നെ ഇല്ല എന്ന് ഗീത പറയുന്നു എന്തും ഇവിടെ അതാ പറഞ്ഞാൽ അഭിജേ പാപകൃതമഹ അല്ലെ കൊടിയ പാപം പോലും എങ്ങനെയാണ് ഭസ്മസാത് കുരുതെ എന്നിട്ടോ ആ ഭസ്മത്തിന്റെ മുകളിൽ നിനക്ക് കയറി യാത്ര ചെയ്യാന്ന അറിവാണെന്ന് പറയാം ചിലപ്പോ ഒരു ചെറിയ കൂട്ടം ഭസ്മം ഒരു ഉണ്ടായി നിന്നു കഴിഞ്ഞാൽ ഒരു ഉറുമ്പിന് യാത്ര ചെയ്യാൻ അതൊക്കെ ധാരാളമാണ് അല്ലെ അതും വേണ്ടി വരില്ല ഭസ്മം ഉണ്ട് എന്നുള്ളൊരു ധാരണയെ തന്നെ അങ്ങോട്ട് നടക്കാം ആ അറിവാകുന്ന അറിവിന്റെ അതിന്റെ അതായിരിക്കട്ടെ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയാം നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ വളരെ അലങ്കാരികമായിട്ട് പറയുന്നുണ്ട് ഉപനിഷത് രത്യാ എന്നാണ് പറയുന്നത് ജ്ഞാനിയുടെ വഴി ഏതാണെന്നറിയാം അവൻ എം ജി റോഡ് വഴിയും വേറെ ഏതെങ്കിലും ശാസ്ത്രി റോഡ് വഴിയൊന്നുമല്ല പോണ അവനോ ഉപനിഷത്ത് വഴിയിൽ കൂടിയാണ് എം ജി റോഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധി റോഡ് ആ ഗാന്ധിയെ മോശാക്കി പറയല്ല ഓരോരോ റോഡുണ്ടല്ലോ ഓരോരോ റോഡിന് ഓരോ പേരൊക്കെ അല്ലേ ആ വഴിയിലൊന്നുമല്ല പിന്നെയോ ഉപനിഷത്തിൻ്റെ വഴി ഉപനിഷത്ത് മന്ത്രങ്ങളാണ് അവൻ കാലിൻ്റെ അടിയിൽ വെച്ച് അയ്യോ സ്വാമി കാലിൻ്റെ അടിയിൽ വയ്ക്കാവോ പിന്നെ കാലിൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ഇതാണ് ഇതായിരിക്കട്ടെ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുക നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അറിവാകുന്ന അറിവിൻ്റെ അതിൻ്റെ അതായിരിക്കട്ടെ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുക ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ വളരെ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട് ഉപനിഷത് രത്യ എന്ന പറയുന്നത്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 ഇതായിരിക്കട്ടെ നമ്മുടെ ഫൗണ്ടേഷൻ പറയ തുടർന്ന് സദൃശം പവിത്രമ വിദ്യോഗ സദൃശം പവിത്രം ഇഹ വിദ്യയം യോഗ സംസിദ്ധ കാലനി വിന്ദതി ഭഗവാൻ വളരെ എന്താ പറയുക വളരെ ഈ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ വലിയ നമ്മൾ പറയില്ലേ ഓ ആയിരം നാവാണ് എന്നൊക്കെ അനന്തനാണ് ഭഗവാൻ എന്ന് പറയുക പറയണോ നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യ ഇഹ ഇവിടെ ഈ ലോകത്ത് ജ്ഞാനേന അറിവിനോട് സദൃശം തുല്യമായി അതിൻ്റെ അടുത്തേക്ക് വയ്ക്കാൻ പോന്ന പവിത്രം പരിശുദ്ധമായ എന്തെങ്കിലും ഒന്ന് അർജുന ഹി വിദ്യത്തെ കിട്ടൂല അതുകൊണ്ടാണ് ഈ അറിവുള്ളവൻ എവിടെ പോയാലും രക്ഷപ്പെടും അറിവെന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്നതെന്നല്ലേ അവിടുന്ന് കിട്ടും കിട്ടില്ല പറയല്ലോ അറിവിന്റെ സങ്കേതങ്ങൾ നാലായിട്ടാ പറയുക എന്താണ് ആചാര്യാത്പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദ സ്വബ്രഹ്മചാരിഭ്യാം പാദ കാലക്രമേണത്തോ കാൽഭാഗം എവിടെ നിന്നാണ് കിട്ടുന്നത് ആചാര്യാത് ഗുരുവിൽ നിന്ന് ആചാര്യാത് പാദം ആദത്തെ പാദം ശിഷ്യ സ്വമേധയ അവന്റെ സ്വബുദ്ധി കൊണ്ട് വേണം നേടാൻ പിന്നെയോ പാദം സ്വബ്രഹ്മചാരിഭ്യാം കൂട്ടുകാരിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം കാലക്രമേണത്തോ അനുഭവങ്ങളെ കൊണ്ടുവന്ന് പറയുക അപ്പൊ എന്തായാലും ഈ അറിവാണ് അറിവിന് സദൃശ്യമായി ഈ ലോകത്ത് യാതൊന്നും തന്നെ ഇല്ല അർജുന അറിവില്ലാത്തവന് പല എന്താ പറയുക കൂണ്ടാമണ്ടികളിലും പോയി ചാടുന്നത് എന്ന് പറയും അതുകൊണ്ട് പല ഇപ്പൊ നമ്മളെ നമ്മളൊരു ബോർഡ് പോലും നമുക്ക് നോക്കാൻ അറിയിക്കാം എന്നിട്ടിങ്ങനെ തിരിഞ്ഞു കളിക്കും എവിടെയായിരുന്നു വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു ധാരണയില്ല മനസ്സിൽ എന്തൊക്കെയോ അപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണ്ടാവണ്ണം അറിയാൻ എന്നാലോ വേണ്ടാത്തടത്തേക്കൊക്കെ നോക്കുകയും ചെയ്യും എന്നിട്ടാ ഈ ആളുകളൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണുമ്പോൾ വീഡിയോ അവിടേക്കും ഇവിടേക്കും തിരിഞ്ഞു നോക്കിയിട്ടും ഒക്കെ പോകുന്നു വിമൻസ് കോളേജിന്റെ അവിടെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് അവിടെ എത്തുമ്പോൾ ഇവർ അങ്ങോട്ട് നോക്കി മതിൽ നോക്കി ഇങ്ങനെ പോയിട്ട് അപ്പൊ അവിടെ അവസാനം ഒരു ബോർഡ് വെച്ചു എന്നാണ് എന്താണ് നേരെ നോക്കി പോകുക ശരിക്കും ട്രാഫിക് പോലീസ് ഒരു ബോർഡ് വെച്ചു എന്തിനാണ് ബൈക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നേരെ നോക്കി പോവുക മുൻപിൽ റോഡുണ്ട് അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അറിവുകൾ പോലും നമ്മെ ഈ സ്വൈര്യമായി ജീവിക്കാൻ സഹായിക്കുമെങ്കിൽ പരമമായ അറിവ് ഈ ലോകത്തിൽ എന്തൊക്കെ ബന്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ പോകുന്നതാണ് അറിവിന് സദൃശമായി എന്തെങ്കിലും ഒരു പരിഹാരം ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നില്ല ഭഗവത്ഗീത നിങ്ങളുടെ എല്ലാ പരിഹാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഭഗവാന് നിർദ്ദേശിക്കാനുള്ള പരിഹാരം പരിഹാരക്രിയ ഇതാണ് എന്താണ് ജ്ഞാനമുട്ട് അല്ലെ കാടാമ്പഴ പോയി കഴിഞ്ഞാൽ പല മുട്ടുമുണ്ട് ആ മുട്ട് ഈ മുട്ട് അങ്ങനെ ബുദ്ധിമുട്ടുക നമ്മൾ ജ്ഞാനമുട്ട് ജ്ഞാനപുഷ്പാഞ്ജലി അതൊക്കെയായിരിക്കും അറിവാകുന്ന പുഷ്പാഞ്ജലി അറിവിന് അറിവിന് സദൃശമായിട്ട് ഇവിടെ അതിന് എന്താ പവിത്രം മറ്റൊരു പരിശുദ്ധമായിട്ട് ന വിദ്യത്തെ ഒന്നുമില്ല കാലേന കാലേന എന്ന് പറഞ്ഞാൽ കാലം കൊണ്ട് യോഗ യോഗ സംസിദ്ധനായിട്ടുള്ളവൻ യോഗത്തെ സിദ്ധമായിട്ടുള്ള യോഗം എന്ന് പറഞ്ഞാൽ യുജിരു സമാധ് യുജിരുമേളനെ ധാതുവിന് അത് അനുഭവമായിട്ടുള്ള ചേർന്നിരിക്കുന്ന അതിനാണ് ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുക അദ്ദേഹത്തിന് എന്റെ പേരതാണല്ലോ അറിവ് സ്വ വരുന്ന യോഗ സംസിദ്ധനായിട്ടുള്ള അവന് അതിനെ അതിനെ പറഞ്ഞാൽ തത് പറയുന്നില്ലേ തത്പഥത്തെ കുറിച്ചാണ് തത് അതിനെ ഏതിനെ ജ്ഞാനത്തെ ആത്മാവിനെ ബോധത്തെ ആത്മനി സ്വബോധത്തിൽ തന്നിൽ ആത്മനി എന്ന് പറഞ്ഞാൽ തന്നിൽ സ്വയം അറിയുന്നു തന്നെ താൻ അറിയുന്നു തന്നെ താൻ അറിയാന്ന് പറയില്ലേ അതെ തന്നെ താൻ എവിടെയാ അറിയുന്നത് തന്നിലാണ് അറിയേണ്ടത് തന്നെ തന്നിൽ നിന്ന് അന്യമായി അറിവുണ്ടോ ഇല്ല ർക്കാണ് ഈ അറിവ് കിട്ടുന്നത് ആർക്കാണ് ഈ അറിവ് കിട്ടാത്തത് ഭഗവാൻ പറയണം ഈ അറിവിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് അറിവിൻ ഈ അറിവ് നേടാനുള്ള യോഗ്യത ഭഗവാൻ പറയും എന്താണ് യോഗ്യത നോക്കാം ശ്രദ്ധാവാം ലഭത്തെ േണി ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ പരാം ശാന്തി അചിരേണാധിഗതി ശ്രദ്ധാവാൻ ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവൻ എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാല് ശ്രദ്ധ എന്ന് പറഞ്ഞാല് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ശാസ്ത്രത്തിൽ ശ്രദ്ധ എന്ന് പറയുമ്പം അതിനെ രണ്ട് പ്രകാരത്തിൽ ആചാര്യസ്വാമികൾ വിവേകചൂടാമണിയിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നു ഒന്ന് ശാസ്ത്ര ഗുരുവാക്യ സത്യബുദ്ധിയാവധാരണ സ ശ്രദ്ധ എന്നാണ് ശാസ്ത്രവാക്യത്തിലും ഗുരുവാക്യത്തിലും അതിനെ സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യാനുള്ള സാമർത്ഥ്യത്തെയാണ് ശ്രദ്ധ അവതാരണം എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിച്ച് മനനാനന്തരം ശ്രാ ശ്രവണാനന്തരം മനനത്തിന് വിധേയമാക്കുക ശരിയോ തെറ്റോ എന്നറിയാനുള്ള ഒരു സാവകാശവും ആ ഒരു താത്പര്യവും ശ്രദ്ധ ഉപനിഷത്തില് നജികേതസിൽ ആവേശിച്ചത് ശ്രദ്ധയാണോ നാ പറയണത് ശ്രദ്ധാവിവേശ എന്ന് പറയുന്നു നജികേതസ്സിൽ ശ്രദ്ധ ആവേശിച്ചു ശ്രദ്ധ ആവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചോദിക്കുക എന്ന ചോദ്യങ്ങൾ ഉണ്ടാവും ഇനി ശ്രദ്ധയ്ക്ക് അടിസ്ഥാനം എന്താണ് എങ്ങനെ ശ്രദ്ധയുണ്ടാകും ശ്രദ്ധിക്കുക എങ്ങനെ ശ്രദ്ധ നേടാം ശ്രദ്ധ ഉണ്ടാവുന്നത് സ്നേഹത്തിൽ നിന്നാണെന്ന സ്നേഹം എവിടെയുണ്ടോ അവിടെ ശ്രദ്ധയുണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും അതിയായ സ്നേഹം ഉണ്ടെങ്കിൽ ആ ആളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും ശ്രദ്ധ ഉണ്ടാവും ശരിയല്ലേ സ്നേഹമില്ലാത്തടത്ത് നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവുമോ ഉണ്ടാവില്ല നീ എന്താ എന്റെ കാര്യത്തിൽ ഈയിടെയായിട്ട് ഒരു ശ്രദ്ധയില്ലല്ലോ ഈയിടെയായിട്ട് നിങ്ങളോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല എന്ന് തന്നെയാണ് അന്ന് എന്തൊക്കെയായിരുന്നു അല്ലേ അന്ന് എന്തൊക്കെയായിരുന്നു അന്ന് എന്തൊക്കെയായിരുന്നു എന്ന് ഒന്നും പറയണ്ട അല്ലേ ഭർത്താവ് പറഞ്ഞു ഭാര്യയോട് നിന്നെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് ഭ്രാന്തായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ ആ സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ ഞാൻ മനസ്സിലായത് നിങ്ങക്ക് അത് ഉണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടാവും ശ്രദ്ധ എന്ന അന്വേഷണം വന്നു വിനോബാജി പറയാറുള്ള ഉദാഹരണം പറയട്ടെ ചെറിയ കുട്ടിയോട് അമ്മയ്ക്ക് തോന്നുന്ന വികാരം വിനോബാജി പറയുന്ന ഉദാഹരണം അമ്മ കുട്ടിയെ ജോലി ചെയ്യുന്നതിനായിട്ട് അമ്മയുടെ ജോലി നടക്കുന്നതിനായിട്ട് കുട്ടിയെ ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തി ഒരു കളിപ്പാട്ടവും കൊടുത്തു എന്നിട്ട് ആ കുട്ടി എവിടെയൊക്കെ നീങ്ങി പോകാൻ ഇടമുണ്ടോ അതൊക്കെ നോക്കുക അവിടെ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലുതൊക്കെ എടുത്തു വയ്ക്കും കുട്ടിക്ക് തട്ടി ഇതാക്കാൻ പറ്റാത്ത ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഡൈനിങ് ടേബിൾ കിടത്തി വെച്ച് കുട്ടിയെ അവിടെ ഒരു മുറിയാക്കി വെക്കും പെട്ടെന്നൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഭാഗത്തിനാക്കും അല്ലെങ്കിൽ അവരെ അങ്ങനെ കളിക്കട്ടെ നീന്തി കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വയ്ക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നോട്ടം കുറച്ച് പക്ഷേ എന്താ പറയുക കുറച്ച് വൈകി കഴിഞ്ഞാൽ ഇവൻ ഒന്നും രണ്ടും പാസ്സാക്കിയിട്ട് അടിച്ചു പരത്തി അവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു ക്ലയ മോഡലിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടാവും ഒരു വലിയ ചിത്രപ്പണികളൊക്കെ നടത്തി നമ്മളെ കാണുക എന്ന് പറയും നമുക്ക് എവിടെ തുടരണം എന്നുള്ളത് സംശയാവും എന്നാലും നമ്മൾ കൊണ്ടുപോയി ഒരു സർവീസൊക്കെ ചെയ്ത് ഒന്ന് വൈകിയാൽ മതി എന്താ പറയുക എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എല്ലാവരും അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരു കളിക്കാൻ ആ സ്വതന്ത്രമായി വിട്ടിട്ടുള്ള ആ കുട്ടിയെയും അമ്മ അടുക്കളയിൽ ഇങ്ങനെ എന്താ അടുക്കളയിൽ ഇത് ചെയ്യുകയാണെങ്കിലും അവരുടെ അവരുടെ ശ്രദ്ധ അങ്ങനെയല്ലേ പറയുക അവരുടെ ശ്രദ്ധ അവിടെ ആയിരിക്കും ആ കുട്ടിയിൽ അമ്മയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് ആ ശ്രദ്ധ ഉണ്ടായത് അമ്മ അന്വേഷിക്കുക എപ്പോൾ നിരന്തരം എന്തൊക്കെ അന്വേഷിക്കും ശബ്ദം കാതോർക്കും ഒരു ശബ്ദവും കേൾക്കുന്നില്ലെങ്കിൽ എന്താ അങ്ങനെ ഉറങ്ങിപ്പോയോ ഒന്ന് പോയി നോക്കട്ടെ അപ്പോഴായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിഴുങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും കുട്ടിയിൽ ശ്രദ്ധ ഉണ്ടാവുന്നു എന്തുകൊണ്ടെന്നാൽ വിനോബാജി പറയുന്നു നമുക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് സ്നേഹം അപ്പം ശ്രദ്ധ ഒന്ന് വിശ്വാസം മറ്റൊന്ന് പക്ഷെ സാധാരണ നിങ്ങൾ കേട്ടി കേട്ടിട്ടുള്ളത് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാ ഗീത പറയുന്നത് വിശ്വാസത്തെയല്ല വിശ്വാസമുള്ളവനിൽ സംശയം ഉണ്ടാവും വളരെ സൂക്ഷിക്കേണ്ട ഒന്നാ നിങ്ങൾ വിശ്വാസിയായിരുന്നാൽ കുഴപ്പമാണ് സ്വാമി പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ കാര്യത്തിലല്ല ഒരു ക്രിസ്തീയ മത സമ്പ്രദായത്തിൽ വിശ്വാസി എന്ന പദമുണ്ട് അത് സ്വാമി ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല നമ്മുടെ ഇതിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നാണയത്തെ പോലെയാണ് വിശ്വാസവും സംശയവും രണ്ട് നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നമ്മളെന്തും ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് എല്ലാം വീട് നമ്മൾ വിദേശത്താണ് അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നു ഒരു വീട് കച്ചവടാക്കി വീടുന്ന സുഹൃത്തൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് എന്നിട്ടോ അതിനൊരു വാടകക്കാരനെയൊക്കെ കണ്ടെത്തി അയാൾ വാടകക്കാരനുമായിട്ടുള്ള അഗ്രിമെന്റ് ഒക്കെ ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോകേണ്ടി വന്നു അപ്പൊ അയാൾ പറഞ്ഞു അതെല്ലാം ഞാനായിക്കോളാം ചേട്ടാ ഏതായാലും നമ്മളവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയി വന്ന് നാല് വർഷം കഴിഞ്ഞപ്പം വാടകയില്ല ഒന്നുമില്ല അപ്പൊ ഭാര്യ അപ്പോഴേ ഞാൻ പറഞ്ഞതാ അല്ല അന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു വിശ്വസിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് എന്തുണ്ട് സംശയമുണ്ട് എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ് എന്ന് ഞാൻ പറയുമ്പം ഞാൻ കൂടെ തന്നെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ സംശയവും ആണ് എനിക്ക് ചേട്ടനെ വിശ്വാസ എന്ന് പറഞ്ഞാൽ എനിക്ക് ചേട്ടന്റെ കാര്യത്തിൽ ചില്ലറ സംശയവും ഉണ്ട് അതെ അതതിൻ്റെ അതല്ലാതെ അതിനെ നിലനിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ ഏത് വിശ്വാസങ്ങളെ നിങ്ങളെടുത്തോളൂ നിങ്ങൾ വിശ്വാസത്തിന്റെ മുകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സംശയത്തോടുകൂടിയിട്ടാണത് നിലനിന്നത് അപ്പൊ എന്ന് പറയുന്നത് അതിൻ്റെ പിറകിൽ സ്നേഹമാണ് നിങ്ങൾ നിങ്ങളോട് അങ്ങേയറ്റം സ്നേഹമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പം മഴക്കാലത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളോട് എന്താ നമ്മൾ പറയുക അല്ലേ നോക്കണേ സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ ഇല്ലേ വഴുക്കുണ്ട് വഴുക്കുണ്ട് വഴുക്കലുണ്ട് നമ്മൾ വേണമെങ്കിൽ പോയി നിന്ന് കൈയൊക്കെ പിടിച്ചു കൊടുത്ത് വരും നമ്മുടെ ശത്രുവാണെങ്കിൽ നമുക്കൊരു താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ വരൂ അപ്പൊ അയാൾ ചോദിക്കുക അല്ല വഴുക്ക് ഏ വരൂ ഞങ്ങളൊക്കെ ഇതിലല്ലേ നടക്കുന്നത് അയാൾ വീണു കഴിഞ്ഞാലോ നോക്കണ്ടേ ഇല്ലേ സാറില്ല വളരെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യും പക്ഷ സ്നേഹത്തിൽ നിന്ന് ശ്രദ്ധയുണ്ടാകുന്നു ശ്രദ്ധയിൽ നിന്ന് അന്വേഷണം ഉണ്ടാകുന്നു അതുകൊണ്ട് ഒരു ഈശ്വര മറിച്ച് ഈശ്വര അന്വേഷകനാണ് ആവേണ്ടത് ഈശ്വര ആകേണ്ടത് നമ്മളൊക്കെ ഈശ്വര കുഴപ്പം ഈശ്വര മരിച്ചവനാണ് അവൻ അന്ധമായി വിശ്വസിക്കുന്നു ഈശ്വരൻ എവിടെയോ ഉണ്ട് അതുകൊണ്ടാണ് കുട്ടികളോട് ചോദിച്ചത് കുട്ടി നാൾസറി കുട്ടിയോട് ചോദിച്ചു ഓനെ ഈശ്വരൻ എവിടെയിരിക്കണമെന്ന് അവ കുട്ടി പറഞ്ഞു ബാത്റൂമിൽ നിന്നു അതെന്താ മമ്മി ദിവസവും വിളിക്കൂ അത്ര ബാത്റൂമിന്റെ കഥകം മുട്ടി ഓ മൈ ഗോഡ് പ്ലീസ് കം പ്ലീസ് കം ഒരു കുട്ടി പറഞ്ഞു എൻ്റെ മാത്സ് ടീച്ചർ ഭയങ്കര ഭക്തയാണെന്ന് അതെന്താ ടീച്ചർ ഓരോ ചോദ്യം ചോദിച്ച് എന്റെ ഉത്തരം കേട്ട എന്റെ ഭഗവാനെ എന്ന് പറയും അതെ കുട്ടികളെ സംബന്ധിച്ച് ഈശ്വരന്റെ നിർവചനങ്ങളാണ് അപ്പൊ ഈശ്വര വിശ്വാസിയായി ഇരിക്കുക എന്നുള്ളത് മരണപ്പെട്ട അവസ്ഥയാണ് എന്തെന്നാൽ മനസ്സിന് ഒരു കാര്യം നിർണയിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ മനസ്സ് എത്തിച്ചേരുന്നതാണ് വിശ്വാസം മനസ്സിന് വ്യക്തമാകാതെ മനസ്സങ്ങനെ കിടന്ന് ഇങ്ങനെ വല്ലാത്തൊരു കളി കളിക്കുന്ന സമയത്ത് മനസ്സ് പോയി അഭയം പ്രാപിക്കും അങ്ങനെയാ അഭയ സങ്കേതമാണ് വിശ്വാസം ഈശ്വരൻ എന്നത് അതല്ല അന്വേഷണത്തിൽ നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അന്വേഷണമായി അതുകൊണ്ട് ഈശ്വരാന്വേഷകനായിരിക്കുക ഈശ്വരാന്വേഷകനിൽ എന്തെങ്കിലും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസി മരണപ്പെട്ട് അവൻ അങ്ങനെ താൽക്കാലികം ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെയൊക്ക ഒതുങ്ങിക്കൂടി അവൻ അന്തിമമായി വിധിയെഴുതിയിരിക്കണം എവിടെയോ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് നമ്മളെയൊക്കെ എങ്ങനെ സത്കർമ്മം ചെയ്യുന്ന ആളുകളെയൊക്കെ അനുഗ്രഹിക്കുന്നു ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളെയൊക്കെ നിഗ്രഹിക്കുന്നു എന്നാലും ഭഗവാനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നു കൂട്ടത്തിൽ അതും ഉണ്ട് അന്വേഷകൻ അങ്ങനെയല്ല അന്വേഷകൻ നിരന്തരം കാതോർക്കുന്നു നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുള്ളവന് ജ്ഞാനം സംഭവിക്കുന്നു ശ്രദ്ധാവാൻ തത്പരഹ തത്പരഹ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പ്രവർത്തിക്കുന്നവൻ തത്പരൻ സമയതേന്ദ്രിയ സമയവേന്ദ്രിയനാണ് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തിട്ടുള്ളവനാണ് അവൻ ജ്ഞാനം ലഭത അവനാണ് അറിവ് കിട്ടുന്നത് ആ ജ്ഞാനം ലബ്ധ ആ ജ്ഞാനത്തെ സമ്പാദിച്ചിട്ട് നേടിയിട്ട് അജിരേണ ഒട്ടും വൈകാതെ പരം ശാന്തിം അധികച്ചതി പരമമായ ശാന്തിയെ അവൻ പ്രാപിക്കുന്നു അപ്പോ ശ്രദ്ധയില്ലാത്തവന്റെ സ്ഥിതിയോ അർജുനന് സ്വാഭാവികമായിട്ടും ഒരു സംശയം എന്താണ് അവന്റെ സ്ഥിതി ഭഗവാൻ പറഞ്ഞു നാളെ അവന്റെ സ്ഥിതി പറയുന്നതാണ് ഭഗവാൻ ജ്ഞാനകർമ്മ സന്യാസ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അറിവാണ് ജ്ഞാനമാണ് ആ ജ്ഞാനത്തിന് സദൃശമായി ഹേ അർജുന ഈ ഭൂമിയിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറയാ നഹിജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യ നന്നായിട്ട് ഓർമ്മയിരിക്കട്ടെ എന്ന് പറയാം ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയ യുവകേന്ദ്രയ്ക്ക് ചിന്മയുടെ ചിന്മയാമിഷന്റെ ഒരു യൂത്ത് മൂവ്മെന്റാണ് ചിന്മയ യുവകേന്ദ്ര ചിന്മയ യുവകേന്ദ്രയുടെ എംബ്ലമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് നഹി ജ്ഞാനേന സദൃശം പവിത്രം വിദ്യ അറിവിന് സദൃശമായി മറ്റൊന്ന് ഈ ലോകത്ത് ഇല്ല എന്ന് പറയാം അപ്പൊ ഭഗവാൻ ഇതുവരെ പറഞ്ഞു വന്നത് ഒരുവൻ അറിവിലെത്തുമ്പോൾ ശ്രദ്ധിക്കുക ഒരുവൻ അറിവിലെത്തുമ്പോൾ അവന്റെ സകലമാന പാപങ്ങളും എന്തൊക്കെ തെറ്റി എന്താ തെറ്റുകൾ തെറ്റിദ്ധാരണകളാണ് പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണകളാണ് ആ പാപങ്ങൾ മുഴുവൻ ഭഗവാൻ പറയുന്നു വെന്തു വെണ്ണീറാകും ഏതിൽ അറിവാകുന്ന അഗ്നിയിൽ അതെല്ലാം ഭസ്മീകൃതമാകുന്നു എന്ന് ഈ ഒരു ഭസ്മീകൃതമാകുന്ന പ്രക്രിയയിലൂടെയാണ് ഒരുവൻ അവന്റെ തടവറയിൽ നിന്ന് മോചിതനാകുന്നത് അവിടെയാണ് അവന് എന്താ പൂർണ്ണമായ സ്വാതന്ത്ര്യം അതിലെത്തുമ്പോഴാണ് എന്ന് പറയാം ഭഗവാന് പറയാനുള്ളത് അല്ലെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് പറയാനുള്ളത് പരമമായ ധർമ്മത്തിലേക്കുള്ള ദീപശിഖയാണ് നമ്മൾ പറയില്ല ഈ ഒളിമ്പിക്കിലൊക്കെ ദീപശിഖ എന്തി പോവല്ലോ അപ്പം അറിവാകുന്ന ദീപശിഖയാണ് പരം ധർമ്മത്തിലേക്ക് ബോധത്തിലേക്ക് അവനെ നയിക്കുന്നത് എന്ന് പറയാം അതിന്റെ പുറത്ത് കഴിയുന്ന ആളുകളെല്ലാം വിഡ്ഢികളായിട്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് അവരുടെ കാര്യം തന്നെ അവർക്ക് ഈ ലോകവും ഇല്ല അതുപോലെ വേറൊരു ലോകവും ഇല്ല എന്ന് പറയാം അതുകൊണ്ട് എന്താണ് അതിനായിട്ട് എന്തുവേണം ഈ ഒരു വിമോചനത്തിന് ഈ ഒരു വിടുതലിനായിക്കൊണ്ട് അർജുന ഒരു ഗുരുവിനെ സമാശ്രയിക്കേണ്ടതുണ്ട് ആ ഗുരുവിൽ നിന്ന് പരിപ്രശ്നത്തിലൂടെ സേവയിലൂടെ നീ ആ ഗുരുവിന്റെ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തലേ കൈവച്ചിട്ടുള്ള അനുഗ്രഹമല്ല ആ അറിവ് പകരുന്ന ആ വിദ്യ അതുകൊണ്ടാണ് ഈ ഗുരു ശിഷ്യ ഗുരുവും ശിഷ്യനും കൂടെ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട് ഓം സഹനാവവതു സഹനൗ ഭുനത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി ഋഗ്വേദത്തിലൊക്കെ വരുന്നതാണ് സഹ ഒരുമിച്ച് നാം ഒരുമിച്ച് ഗുരുവും ശിഷ്യും അങ്ങും ഞാനും നൗ നമ്മളെ രണ്ടുപേരും അവതോ രക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ ഈ ബ്രഹ്മം നമ്മെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ ബ്രഹ്മമാണ് നമ്മെ രക്ഷിക്കുന്നത് സഹ നൗ ഭുനത്തോ നാം ഒരുമിച്ച് ഈ ബ്രഹ്മവിദ്യയെ അനുഭവിക്കുമാറാകട്ടെ നമ്മുടെ അനുഭവങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒരുമിച്ച് അനുഭവിക്കുക എന്ന് പറയുമ്പം അനുഭവിക്കുന്നവനും അനുഭവവും ഒന്നാവലാണ് വളരെ ഈ ഉപനിഷത്ത് വളരെ സൂക്ഷ്മമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുള്ളത് അനുഭവി എപ്പോഴാണോ അനുഭവിക്കുന്ന ആളും ഭോക്താവും ഭോഗ്യമായിട്ടുള്ള ബോധ്യമായിട്ടുള്ളതും ഒന്നാവുന്നത് ആ അവസരത്തിൽ സഹനാവവതു സഹനൗ ഭുനത്തു ആ അനുഭവമാണ് ഒരുവനെ സഹവീര്യം കരവാവഹൈ നമുക്ക് വീര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുമാറാകട്ടെ വീര്യം വീര്യമായിരിക്കട്ടെ നമ്മുടെ പ്രചോദനം എന്ന് പറയാം സഹ വീര്യം കരവാമഹ തേജസ്വി നാവധീതം അസ്തു നൗ അധീതം തേജസ്വി അസ്തു എന്തെന്നാണോ നാം അധ്യയനം ചെയ്തത് അത് തേജസ്സുറ്റതായി തീരട്ടെ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യപ്പെടലിലൂടെ കൈമാറ്റം ചെയ്യപ്പെടലിലൂടെയാണ് അത് തേജസ്വറ്റതായിട്ട് നിലകൊള്ളുന്നത് ശ്രവണ പരമ്പരയാൽ വിദ്വിഷാവഹ നമ്മുടെ ഇടയിൽ ഒരു വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ ഗുരുവും ശിഷ്യരും തമ്മില് ഈ ഒരു പാരസ്പര്യം ഇല്ല എങ്കിൽ ഒരു വിദ്യയും കൈമാറ്റം ചെയ്യപ്പെടില്ല നമ്മള് കുട്ടികളെയൊക്കെ അഡ്രസ് ചെയ്യാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്കേതാ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയം അപ്പൊ കുട്ടികളറിയില്ല പാവം ഉം അവരവരുടെ നിഷ്കളങ്കത കൊണ്ട് പറയും ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ബോറാണ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ അതിലൂടെ നമ്മളോട് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ടീച്ചർ ബോറാണെന്ന അതെ കാരണം അവർക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുമായിട്ട് ഒരു വിദ്വേഷമുണ്ട് വിദ്വേഷം എന്ന് പറഞ്ഞാൽ ആശയ കൈമാറ്റം മര്യാദയ്ക്ക് നടക്കുന്നില്ല അത് എന്തോ ഉപനിഷത്തിൽ എന്തൊരു സാർത്ഥകമായ പ്രാർത്ഥനയാണ് അങ് ഏതൊരു തലത്തിൽ നിന്നാണോ ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ആ തലത്തിലേക്ക് ഉയരാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അല്ലെങ്കിൽ ഏതൊരു തലത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവിടേക്ക് താഴ്ന്നിറങ്ങി വന്ന് ഞങ്ങൾക്കിത് ബോധിപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപാണ് അപ്പം മാ വിദ്വിഷാവഹ നമ്മുടെ ഇടയിൽ ഇത്തരത്തിലൊരു വിദ്വേഷം ഇല്ലാതിരിക്കട്ടെ അപ്പം ഗുരു ശിഷ്യ പാരസ്പര്യത്തിൻ്റെ കാതലായിട്ടുള്ളതാണ് പ്രേമം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചുവല്ലോ അതിനെവിടെ പറയുന്നു മാ വിദ്ഷ വിദ്ഷാവ നൗ അതീതം തേജസ്വി അസ്തു ശാന്തി ശാന്തി ശാന്തി അപ്പൊ ആ ഒരു എന്താ ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മുടെ മനസ്സ് സ്വീകരിച്ചു വിമോചനം നമ്മുടെ ഉള്ളൻ കയ്യിലാണ് എന്ന് പറയാം ആ ഒരു ഗുരു ഗുരുവിന്റെ അനുഗ്രഹത്തെ നാം സ്വീകരിക്കേണ്ടതുണ്ട് നാം അതിന് സജ്ജമാകേണ്ടതുണ്ട് എന്ന് പറയാം ഒരിക്കലും ഒരാള് ലോകത്തിൽ എവിടെയെങ്കിലും സജ്ജമായാൽ പിന്നെ ഗുരു അവനെ തേടിയെത്തും അതാണ് ഇതുവരെയുള്ള ലോകത്തിൻ്റെ ഗതി ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നാൽ മതി അവിടെ എത്തും ഗുരു അത് കാഷായ വസ്ത്രധാരിയാവണമെന്നൊന്നുമില്ല ആദ്യം നമുക്ക് ഈ ഗുരു എന്ന സങ്കല്പം അത് മാറിക്കിട്ടണം താടിയും കാഷായവും രുദ്രാക്ഷവും ജ്ഞാനം അതിലല്ല ഇരിക്കുന്നത് എന്ന് പറയാം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ നാം അതിൽ പരിമിതപ്പെടരുത് മാ ആനന്ദമായി കേട്ടിട്ടുണ്ടോ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ള അമ്മയാണ് മാ ആനന്ദമായി ഹരിദ്വാറിൽ അവർക്ക് വലിയൊരാശ്രമമുണ്ട് ഹരിദ്വാറിലാണ് അവരുടെ സമാധി ഈ അമ്മ ഒരു ഗൃഹസ്ഥയായിരുന്നു അവര് അവരുടെ അവസാന കാലത്ത് ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു ഗുരുവിനെ വേണം എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് ഗുരുവിനെ ആവശ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കോളും നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് എനിക്കൊരു ഗുരുവിനെ കൊണ്ടുതരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഭർത്താവിൻ്റെ മറുപടി നിനക്കൊരു ഗുരുവിൻ്റെ കുറവേ ഉള്ളൂ മനുഷ്യനൊരു ഗുരു വന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയും അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞാൽ അവർ കേൾ മനസ്സിലാവില്ല എനിക്കൊരു ഗുരു വേണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനായിട്ട് അന്വേഷണം നടത്തുന്നു ഏതായാലും വൈകിട്ട് വരുമ്പോൾ ഒരു ഗുരുവിനെ കൊണ്ടുവരുന്നു തപ്പിപ്പിടിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഏതോ ഒരു ഗുരുവിനെ തനിക്ക് തൻ്റെ അജ്ഞാനത്തെ നീക്കാൻ പോകുന്ന ഒരു ഗുരുവിനെയുമായി തൻ്റെ ഭർത്താവ് വരും എന്ന പ്രതീക്ഷയിൽ ആ അമ്മ കാത്തിരിക്കുന്നു ഗുരുപൂജയ്ക്കായിട്ട് എല്ലാം സജ്ജമാക്കിയിട്ട് അദ്ദേഹം എവിടെ നിന്നോ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നു എന്ന് പറയാം എന്നിട്ടോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നു ഒരു ദിവസം ഒറ്റ ദിവസം ഒരു രാത്രി അങ്ങനെ ഒരു രാത്രി അവര് കഴിച്ചു വിശ്രമിച്ചു പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞു പിറ്റേത്തെ ദിവസം ഒരു ഒരൊറ്റ ദിവസം വാസിഷ്ടത്തിലെ ഒന്ന് രണ്ട് സൂത്രങ്ങൾ ഏതോ ഒന്ന് അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു കൊടുത്തു അതിന്റെ പിറ്റേ ദിവസം ഈ ഗുരുവിനെ നോക്കുമ്പോൾ മുപ്പൊരു സമാധിയായി അദ്ദേഹം മരി എന്താ അദ്ദേഹം ദേഹം ഉപേക്ഷിച്ച് പോയി എന്ന് പറയും അപ്പൊ അവർക്കും വല്ലാത്ത വിഷമായി പിന്നെ അതിൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ അവർ രണ്ടു കൂട്ടരും കൂടെ ചെയ്തു എന്നാണ് എന്നിട്ടോ പിന്നെ ഈ അമ്മ വേറൊരു ഗുരുവിനെ ഇന്ന് അന്വേഷിച്ച് പോയിട്ടില്ല എന്താണോ ഗുരു ഒരു ദിവസം പറഞ്ഞത് അതിനെ മൗനമായിരുന്ന് എന്താ മനനം ചെയ്ത ആ മനനത്തിൽ അവർക്ക് വെളിപ്പെട്ട് ഇനി നീ അധികം പുറത്തേക്കൊന്നും പോണ്ട അകത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഗുരു രൂപത്തിൽ അകത്ത് നിന്ന് ദക്ഷിണാമൂർത്തി ഉത്തരങ്ങളൊക്കെ കൊടുത്തു നാം അപ്പൊ ഒരു ഒരു നേരം മതി അത് ഒരു ദിവസം മതി ധാരാളാണ് അപ്പൊ എവിടെയെങ്കിലും നമുക്ക് കീഴടങ്ങേണ്ടിയിരിക്കുന്നു നാം നമ്മുടെ മനസ്സിനെ എവിടെയെങ്കിലും നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഗുരു ഗുഗാരോ രന്ധകാരസ്റ്റുഗാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുത്യഭിതീയതേ ഗുരുവിനെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് പ്രസിദ്ധമായ ഗുരുഗീതയിൽ ഗുരു ചെയ്യുന്നത് എന്താണ് അജ്ഞാനതിമിരാന്തസ്സ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുമീലിതം വ്യേന തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരു ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ആളാണ് എന്ത് ശസ്ത്രക്രിയയാണ് ഗുരു നടത്തുന്നത് നേത്രത്തിനാണ് ഗുരുവിന്റെ ശസ്ത്രക്രിയ എങ്ങനെയുള്ള നേത്രം അജ്ഞാനമാകുന്ന തിമിരം എന്ത് ഗംഭീര പ്രയോഗം നോക്കൂ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച് അവന് ജ്ഞാനാഞ്ജനശലാക അവന് അറിവാകുന്ന ജ്ഞാനമാകുന്ന കണ്ണങ്ങോട്ട് കീറിക്കൊടുക്കും തുറന്നു കൊടുക്കും ഉന്മീലനം ചെയ്യൽ ഇതാണ് ആ ഗുരുവിനായിട്ട് നമസ്കാരം ഗുരുഗീതയിൽ ഒരു വരിയാണ് അതുകൊണ്ട് ഗുരുവാഷ്ടകത്തില് ശങ്കരാചാര്യ സ്വാമികൾ ചോദിക്കും വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തു മത്തോ നനശ്ചേ നം ഗുരോരംഗ്രിപത്നേ തതക്കിം തതക്കിം തതക്കിം തതക്കിം സ്വദേശേഷു മാന്യ വിദേശേഷു ധന്യ വിദേ അത് ഇവൻ സ്വദേശത്തും വിദേശത്തും വാന്യനാണ് ധന്യനാണ് ധനാഢ്യനാണ് സദാചാരവൃത്തേഷു സദാചാരങ്ങളിലെല്ലാം അവൻ അങ്ങേയറ്റം അതായത് ശങ്കരാചാര്യസ്വാമികൾ അത്രയും ശ്രദ്ധാപൂർവ പറയുന്നത് സദാചാരവൃത്തനാണ് എല്ലാ ദാനധർമാദികളെല്ലാം ഉണ്ട് പക്ഷേ മനസ്സ് ഗുരുവിൽ അർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തതക്കും തതക്കും തതക്കിം പിന്നെന്ത് കാര്യം പിന്നെന്ത് കാര്യം പിന്നെന്ത് കാര്യം ഗംഭീരാണ് ഗുരുവഷ്ടകം ഗുരോരംഗ്രി പത്മേ മനശ്ചെന്ന ലഗ്നം തതക്കും തതക്കും തതക്കം തതക്കം അങ്ങനെ ഗുരുവിന്റെ ആ എവിടെയാണോ സമർപ്പിക്കപ്പെടേണ്ടത് അതിനെക്കുറിച്ച് പറയും അപ്പൊ അതുണ്ടെങ്കിൽ അവർ നിനക്ക് ഈ തത്വത്തെ ഉപദേശിച്ചു തരും അപ്പം അറിവിന് സദൃശമായി അർജുന ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് തത് സ്വയം സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്തതി യോഗസിദ്ധി നേടിയിട്ടുള്ള അവൻ തത് ആത്മനി തത് അതിനെ ആ തത്പത്തെ തത്പദ നിരൂപണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ തത്പഥത്തെ സ്വയം വിന്തതി അവനവനിൽ നിന്ന് തന്നെ അറിയുന്നു എന്ന് പറയാ അപ്പൊ പിന്നെ അവിടെ യാതൊരു എന്താ അലോസരത്തിന്റെ ഒരു അംശം പോലും ഇല്ല പണ്ട് പണ്ട് എന്ന് പറഞ്ഞാല് ഈ കുറച്ചു കാലം മുൻപ് വായിച്ച ഒരു ഒരു കുട്ടികളുടെ കഥ ഈ കുട്ടി കുട്ടിക്കഥകളിലൊക്കെ ഒരുപാട് കാര്യം ഇരിക്കുന്നുണ്ട് എന്ന് പറയാം ഇന്ന് എന്തോ ഉറക്കായിരുന്നു ഉറക്കല്ല ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്ന് പറയാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ഒരു മൂടൻ എന്നാ പറയുക അതായത് മൂടൻ എന്ന് പറയുമ്പം നമ്മുടെ ഇതില് മൂടൻ ഭ്രാന്തൻ എന്നൊക്കെ പറയുമ്പം ഒരു തത്വജ്ഞാനിയായിരിക്കും അതുകൊണ്ടാണല്ലോ നാരാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞത് അപ്പൊ ഒരു മൂടനായിട്ടുള്ള വിദ്യാർത്ഥി അവൻ വേറൊരാളോട് ചോദിച്ചു അവൻ പട്ടണ എന്താ പറയാ ഗ്രാമത്തിലാണ് ഗ്രാമത്തിലിരിക്കുന്ന അവൻ ചോദിച്ചു ഒരിക്കൽ പട്ടണത്തിലേക്കുള്ള വഴി ഏതാ എങ്ങനെയാണ് ടൗണിൽ പോവാന്ന് ചോദിച്ചു അപ്പൊ ഒരാൾ കാണിച്ചു കൊടുത്തു ദേ അങ്ങോട്ട് പോയാ അതിലേ നോക്കൂ എന്ന് പറഞ്ഞു എവിടെ ഓ അവിടെ ഒരു മരങ്ങാണെന്നില്ലേ അതെ അതിൻ്റെ ഒരു കൊമ്പ് കണ്ടോ ചാഞ്ഞു നിൽക്കുന്നത് അതെ അതെങ്ങോട്ടാ നേരെ നോക്കൂ ആ അതിലേ അങ്ങോട്ട് നേരെ പോയാൽ മതി എന്ന് ഇവനത് അക്ഷരം പ്രതി അനുസരിച്ചു അവനെ മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ആ കൊമ്പിലൂടെ അവൻ അങ്ങോട്ട് പോയി കൊമ്പിലൂടെ പോയി അതിൻ്റെ ഏറ്റവും തുഞ്ചത്തെത്തിയപ്പം പിന്നെ പിന്നെ അതിൽ തൂങ്ങി കിടക്കണവൻ അപ്പൊ അവൻ വിചാരിച്ച് പട്ടണത്തിലേക്ക് പോവുക അപ്പൊ താഴെ ഒരു നദി ഒഴുകുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാ അപ്പോഴാണ് ഒരാള് ആനയായിട്ട് വരുന്നു ആനപ്പുറത്ത് വരുന്നുണ്ട് അപ്പം വിചാരിച്ചു ഇങ്ങനെ ഇനി ആനപ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും സാധാരണ പട്ടണത്തിൽ പോവാനുള്ളവർക്ക് അങ്ങനെ ആനപ്പുറത്തിരിക്കുന്നവൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ്റെ കാല് പിടിച്ചു അപ്പൊ ആന അങ്ങോട്ട് നടന്നു പിന്നെ ഇവർ രണ്ടുപേരും തുങ്ങിയിപ്പോൾ എന്താ ചെയ്യാം എന്നാ ഇപ്പൊ താഴെ ഇരിക്കുന്നതും ഇവനെ പോലെ ഒരു മണ്ടനായിട്ടാണ് കഥ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും ഈ കുട്ടികളുടെ പുസ്തകത്തിലുള്ളതാണ് പക്ഷെ വളരെ ആലോചനാമൃതമാണ് ഒരു ജ്ഞാനിയുടെ മാനസികാവസ്ഥയാണ് ആ കുട്ടിയിൽ ചിത്രീകരിക്കുന്നത് രണ്ടു കുട്ടികളും അപ്പൊ അവർ രണ്ടുപേരും ആലോചിക്കുക ഇനിയിപ്പൊ എന്താ ചെയ്യാം അപ്പം മുകളിലുള്ളവൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഒരു കാര്യം ചെയ്യുന്ന നീ ഒരു പാട്ടുപാടാൻ അപ്പം താഴെയുള്ളവൻ പാട്ടുപാടി ഗംഭീരായിട്ട് അവൻ അങ്ങനെ പാട്ടു പാടിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ കയ്യടിച്ചു മുകളിലിരിക്കുന്നവൻ താഴെ താഴെ വീണ് വെള്ളത്തിലേക്കാ വീണ് വെള്ളത്തിൽ വീണ് ഒഴുകുമ്പോ ഈ പാടിയവൻ മറ്റവനോട് പറയാം ഞാൻ പാട്ട് തീരാതെ നീ എന്തിനാ കയ്യടിച്ചത് എന്ന് കാരണം അപ്പോഴും അവരെ സംബന്ധിച്ച് അവരലവസരപ്പെടുന്നില്ല എന്ന് പറയാം അവരങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി പാലത്തിന്റെ അടിയിലെത്തി അവിടുന്ന് ആരോപിച്ച് കടക്കി കയറ്റി അപ്പോഴേക്കും പട്ടണത്തിലെത്തി അവര് ചോദിച്ചോ ഇങ്ങനെയാ പട്ടണത്തിലേക്കുള്ളവ അതായത് വളരെ രസമാണ് എന്ന് ഇതൊരു പ്രത്യേക മനസ്സാണ് എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ സന്തോഷം ആനന്ദം കൈവിടാതെ ഒരു പാടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഒഴുകുമ്പോഴും എന്താ തമാശ പറയുക ഒരു വല്ലാത്തൊരു അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്ന അവന് പിന്നെ എന്താണ് ആത്മനി സ്വയം വിന്തതി അവനവന്റെ ആത്മാവിൽ അവനെ തന്നെ അറിഞ്ഞ് ആനന്ദിക്കുന്നു എന്ന് പറയാ ശ്രദ്ധാവാൻ അങ്ങനെയുള്ള ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അവനാണ് അറിവുണ്ടാകുന്നത് തത്പര സംയതേന്ദ്രിയ അതിൽ തന്നെ രമിക്കുന്നവനായ പ്രവർത്തിക്കുന്നവനായ അവൻ സംയതേന്ദ്രിയനാണ് അത് നിയമനം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാൻ യോഗ്യനായിട്ടുള്ള അവൻ ജ്ഞാനം ലബ്ധ അറിവ് നേടിക്കഴിഞ്ഞിട്ട് അചിരേ അചിരേണ ഒട്ടും വൈകാതെ പരാംശാന്തിം പരാംശാന്തിം അധികച്ചതി പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു തുടർന്ന് അജ്ഞാനിയുടെ തലത്തെ ഭഗവാൻ വിവരിക്കുന്നു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് നോക്കാം സംശയാത്മാനപരം സംശയാ സംശയാത്മ വിനശ്യതി നയം ലോക അസ്തി നരഹ ന സുഖം സംശയാത്മന ഇവിടെ പറയുന്നു ഭഗവാൻ സംശയാത്മാ വിനശ്യതി സംശയമുള്ളവൻ നശിച്ചു എന്നാണ് ഇന്നൊരാള് വളരെ കാര്യമായിട്ട് ഫോൺ ചെയ്തു സ്വാമിയെ ആൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഏതായാലും സ്വാമി വരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെയാണ് ഫോണ് സ്വാമിയാണോ അതെ ഭക്തന്മാര് വിശ്വാസികൾ മരിക്കുന്ന സ്വാമി പത്രത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞു അതെ വിശ്വാസിയും അവിശ്വാസിയും മരിക്കും അല്ല അത് മനസ്സിലായില്ല അങ്ങ് യജ്ഞം കേൾക്ക കേൾക്കുന്നുണ്ടോ ഇല്ല ഞാൻ പതിവായിട്ട് വായിക്കുന്നുണ്ട് ശരി അല്ല സ്വാമി അത് കുറച്ച് എനിക്ക് വല്ലാതെ രാവിലെ കേട്ടപ്പോ വല്ലാത്ത വിഷമായി ിലേക്ക് എഴുതിയിട്ടുണ്ട് അല്ല എന്നാലും അതെങ്ങനെയാ അത് ശരിയാവുന്നില്ലല്ലോ ഹെഡ്ലൈൻ കണ്ടപ്പോ ഞെട്ടിപ്പോയിന്ന ഇരു രാഷ്ട്രീയ നേതാവിനെ പോലെ പോലെ സ്വാമി ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയില്ല അത് പറയാൻ ആളല്ല കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതെ അതുകൊണ്ട് ഭഗവത്ഗീത തന്നെയാണ് പറയുന്നത് സംശയാത്മ വിനശ്യതി സംശയമുള്ളവൻ മരണപ്പെട്ടവനാണ് ഭഗവത്ഗീത തന്നെയാണ് പറയുന്നത് സംശയാത്മ വിനശ്യതി സംശയമുള്ളവൻ മരണപ്പെട്ടവനാണ് അപ്പൊ ആർക്കാണ് സംശയം വിശ്വാസിക്കാണ് സംശയം അതുകൊണ്ട് വിശ്വാസിയിൽ എന്തുണ്ട് വിശ്വാസി മൃതനാണോ എന്ന് പറയാം അപ്പൊ വിനശ്യതി സംശയമുള്ളവന് ഭഗവാൻ പറയുന്നു അജ്ഞ അറിവില്ല ജ്ഞാന ഒട്ടുന്നേ ഇല്ല വേണ്ടത് വേണ്ട വിധത്തില് വേണ്ട സമയത്ത് ചെയ്യാന്നുള്ളത് ചിലരെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് തന്നെ തോന്നില്ലേ ഒരിക്കല് ബാങ്കിൽ ബാങ്കിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം തോന്നിയോട് ഈ റീജിയണൽ ഓഫീസിന്ന് ഹെഡ് ഓഫീസിലേക്ക് സീനിയർ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫയല് കെട്ടിക്കിടക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കത് അങ്ങോട്ട് കത്തിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു കത്തിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ എല്ലാറ്റിന്റെ ഈ ഫോട്ടോ കോപ്പി എടുത്തു വെച്ചേക്കോളൂ ോപ്പി എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അശ്രദ്ധനാഹ്യ അവിടെയൊക്കെ നമ്മള് കേൾക്കുന്നില്ല രാമകൃഷ്ണദേവൻ പറയും കല്യാണ ദിവസം വരനോട് എന്തു പോയി പറഞ്ഞാലും ആ ശരി ശരി നാളെ കാണാം നാളെ കാണാം എന്ന് പറയും അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അച്ഛൻ ആശുപത്രിയിലാണ് ഐ സിയുയിലാണ് എനിക്ക് വേഗം അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞാലും ശരി അപ്പൊ നമുക്ക് നാളെ കാണാം എന്ന് പറയും കാരണം അവനൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല അശ്രദ്ധധാന ശ്രദ്ധയില്ലാത്തവന് അവൻ ജാഗ്രത അവസ്ഥയിലേ അല്ല ഈ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത് പല പ്രകാരത്തിലാണ് നമുക്ക് ചിലപ്പം എന്താ പറയുക ഈ ഭക്തിയുടെ പേരില് ബഹുമാനത്തിന്റെ പേരില് ഒക്കെ ഈ ശ്രദ്ധ കുറവുണ്ടാകാറുണ്ട് ഒരു വളരെ നല്ലൊരു ഒരു ഒരു എന്താ പറയുക മര്യാ ഒരു മര്യാദ മര്യാദക്കാരനോ എന്താ അതിന് പറയാമെന്നറിയില്ല നല്ലൊരു പയ്യൻ മിടുക്കൻ മിടുക്കെന്ന് പറഞ്ഞുകൂടാം കാരണം അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒരു കുഴപ്പമൊന്നുമില്ലാത്ത ഒരുത്തൻ അപ്പം അവൻ ബസ്സിൽ ഇരുന്ന് ബസ്സിൽ ഇരിക്കുന്നു ഇരുന്ന് യാത്ര ചെയ്യും അവഴാണ് ഒരു സ്കൂൾ അധ്യാപകൻ ബസ്സിലേക്ക് കയറി കയറിയ സമയത്ത് അവൻ പെട്ടെന്ന് എഴു ബസ് സ്റ്റോപ്പിൽ നിന്ന് അധ്യാപകൻ കയറിയ ഉടനെ ഇവൻ എഴുന്നേറ്റു എഴുന്നേറ്റ പദ്ധതി പറഞ്ഞു ഇരുന്നോളാം പറഞ്ഞു ഇരുന്നോളാം പറഞ്ഞു അപ്പൊ അവൻ അവിടെ ഇരുന്നു അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആയിരിക്കും അതുകൊണ്ടിരുന്ന ഇരുന്നോളാം പറഞ്ഞു അവൻ അവിടെ അങ്ങനെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോ അവൻ എഴുന്നേറ്റപ്പ ഇരുന്നോളം പറഞ്ഞു വീണ്ടും അവന്റെ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴും അദ്ദേഹം എഴുന്നേറ്റപ്പോ ഇരുന്നോളം പറഞ്ഞു സാറേ എനിക്ക് ആ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതായിരുന്നു കാരണം എങ്ങനെ ഇദ്ദേഹത്തെ ധിക്കരിക്കുക ഒരു സ്റ്റോപ്പ് രണ്ട് സ്റ്റോപ്പൊക്കെ പിട്ടിച്ചു നിന്നു ഇനി വിട്ടു കഴിഞ്ഞാൽ ഇത് തന്നെ എന്താ പറയാ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കും ആൾക്ക് ഇടപ്പള്ളി ഇറങ്ങേണ്ട ആളാണ് ഇങ്ങനെയുണ്ട് നമ്മൾ അതുകൊണ്ട് എങ്ങനെ പറയും അതായത് നമ്മുടെ ശ്രദ്ധ കുറവാണോ അത് നമുക്കതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ആശയവിനിമയം നടത്താൻ അതുപോലെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് അതായത് ഈ ലൗകികമായ ഈ അതായത് ഭൗതികമായ ഈ പ്രപഞ്ചത്തിൽ ഭൗതികമായ കാര്യങ്ങൾ തന്നെ നേടുന്നതിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് ഒരുപാടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ അതുകൊണ്ട് അശ്രദ്ധധനാഹ ആ ശ്രദ്ധയില്ലാത്തവന് അതുപോലെ അതിൽ നിന്ന് സംശയാത്മാ അത് ഹേതുവായിട്ടുള്ള സംശയം വന്നിട്ടുള്ളവൻ വിനശതി നശിച്ചു പോകുന്നു അവൻ നശിക്കുക എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കരുത് അവന്റെ ധനം നഷ്ടപ്പെട്ടു വീട് ഇടിവെട്ടിപ്പോയി തെങ്ങൊറ്റിയൊന്നുമില്ല അറു മുഴം കത്തിപ്പോയി അങ്ങനെയല്ല അവന് ധനമുണ്ടാവും അവനെല്ലാം ഉണ്ടാവും പക്ഷെ കിടന്ന ഉറക്കം വരില്ല ആകെ അസ്വസ്ഥനാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെയാണ് അങ്ങോട്ട് തള്ളി വലിച്ചു ആരൊക്കെയോ എന്തൊക്കെയോ റക്കഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റില്ല അഥവാ അറിയാതെ ഉറങ്ങിപ്പോയാൽ ഉടനെ ഭാര്യ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഉറക്കഗുളിക കഴിച്ചില്ല പറയും അതാണ് അയാളുടെ ഗതി എന്ന് പറയ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വഴി അശാന്തി തന്നെ അങ്ങനെ വിനശ്യതി നശിക്കുന്നു സംശയാത്മനഹ സംശയമാർന്ന ബുദ്ധിയോടുകൂടിയവന് സംശയബുദ്ധിയുള്ളവന് അയം ലോക എന്ന അസ്ഥി അവൻ ഈ ലോകം തന്നെ ഇല്ല പിന്നെയാണ് ഒന്നാ പരം എന്ന സുഖം അവന് പരലോകവും ഇല്ല വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞു ഒരു അമ്മയോട് അവരുടെ സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ ഏതൊക്കെ രാജ്യത്ത് പോയിന്ന് അപ്പൊ ആ അമ്മ പറഞ്ഞു പുള്ളിക്കാരനാ ടിക്കറ്റൊക്കെ എടുത്ത് എവിടെയൊക്കെ പോയി നിൽക്കാറില്ല അവരെ സംബന്ധിച്ച് ഒരു ലോകവും ഇല്ല അവരാകെ സാരിക്കടയിലും അവിടെ ഇവിടെയൊക്കെ കയറി പലപ്പോഴും ഉണ്ട് അങ്ങനെ ആളുകൾക്ക് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അയം ലോക എന്ന അസ്ഥി പരലോകുഖം അവരെ സംബന്ധിച്ച് ആ ശാശ്വതമായ ആനന്ദം സുഖം എന്നു ഇവിടെ പറയുമ്പം ആനന്ദം അത് ലഭ്യമല്ല എന്ന് പറയാം ശ്രദ്ധിക്കുക ഉം തുടർന്നു യോഗ സന്യകർമാണം യോഗസന്യസ്ത യോഗസന്യസ്തകർമാണം ജ്ഞാനസംച്ചി സംശയം ആത്മവന്തം നമ്മൾ നിബധ്നന്തിജയാ അല്ലയോ അർജുന യോഗസന്യസ്തകർമാണം യോഗ സന്യസ്ത കർമ്മമാണ് യോഗത്തിൽ കർമ്മങ്ങളെ സന്യസിച്ചിട്ടുള്ള യോഗത്തിൽ കർമ്മങ്ങളെ സന്യസിച്ചിട്ടുള്ള യോഗം എന്ന് പറഞ്ഞാൽ യുജിരു സമാധ എപ്പോഴും ഓർമ്മ വേണം സമാധിയിൽ കർമ്മങ്ങളെ മുഴുവൻ സന്യസിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞു അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെട്ടിട്ടുള്ള നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്ഞാന സംചിഹ്ന സംശയം ജ്ഞാനം കൊണ്ട് അറിവുകൊണ്ട് സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കപ്പെട്ടിട്ടുള്ള അറിവുകൊണ്ട് എല്ലാ സംശയവും നീങ്ങിയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ആള് ആത്മവന്തം ആത്മവന്തം എന്ന് പറഞ്ഞാൽ ആത്മദർശിയെ താൻ ആത്മാവാണെന്ന് അറിഞ്ഞിട്ടുള്ള അവനെ കർമാണി നിബധനന്തി കർമ്മങ്ങൾ ഒരൽപ്പം പോലും സ്പർശിക്കുന്നില്ല ബന്ധിക്കുന്നില്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മ ഫലം ഇതും വളരെ എന്താ ശ്രദ്ധേയമായിട്ടുള്ള ശ്ലോകമാണ് ഭഗവാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആശയം തന്നെയാണ് എങ്കിലും വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ചക്രവർത്തി അദ്ദേഹം ഒരു ഈ കൊട്ടാരത്തിൽ ഒരു മഹാജ്ഞാനിയുടെ അഭാവം ഉണ്ട് എന്ന് കണ്ടു അപ്പൊ രാജഭടന്മാരോട് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ജ്ഞാനികളായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരാനും അവർക്കിരിക്കാനുള്ളൊരു പ്രത്യേക സിംഹാസനം അതും കൊടുത്തു ആ സിംഹാസനത്തിൽ ഇരിക്കാം അവരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കാരണം ഇപ്പൊ ഒരു ജ്ഞാനിയുടെ അഭാവം ഈ രാജ്യത്തുണ്ട് അങ്ങനെ ഭടന്മാർ പല ദിക്കുകളിലേക്കും യാത്ര ചെയ്തു അങ്ങനെ അവർ ഒരു ജ്ഞാനിയുടെ സമീപത്തെത്തിച്ചേർന്നു അപ്പൊ അദ്ദേഹം അവരിങ്ങനെ അന്വേഷിക്കുകയാണ് പലരും പലരും ആരാണ് ആരാണ് ആരാണ് ജ്ഞാനി ആരാണ് ജ്ഞാനി എന്ന് അപ്പൊ പലരും പല ദിക്കുന്നു പലരെ പറഞ്ഞു കൊടുക്കും അപ്പൊ അവര് പറയും ഓ അയ്യോ ഞാനെന്ത് ജ്ഞാനി എന്നേക്കാൾ ആ പാരജ്ഞാനി വേറൊരാളുണ്ട് ആ ജ്ഞാനി ജ്ഞാനിയുടെ അടുത്ത് പോകും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഒരു സ്ഥലത്തെത്തി അപ്പൊ അതൊരു ചതുപ്പ് നില ഒരു ചതുപ്പ് പ്രദേശമാണ് ആ ചതുപ്പ് പ്രദേശത്തിൽ ഇദ്ദേഹം അങ്ങനെ പാറപ്പുറത്തിരിക്കുക അപ്പൊ പാറപ്പുറത്തിരിക്കുന്ന ഈ ജ്ഞാനിയുടെ അടുത്തേക്ക് രാജഭടന്മാര് പോയിട്ട് പറഞ്ഞു ഗുരു രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ചോദിച്ച എന്തിനാന്ന് അവിടെ ഒരു സിംഹാസനമുണ്ട് അങ്ങേക്ക് ഇരിക്കാൻ അവിടെ അങ്ങേ മഹാത്മാക്കൾ ഇരിക്കണം എന്ന് രാജാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അങ്ങ് വന്നാലും ഞങ്ങൾ അങ്ങയെ കൊണ്ടുപോവാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു ഓ രാജാവ് അങ്ങനെ പറഞ്ഞു ഇല്ലേ ശരി അതെ നിങ്ങളുടെ രാജാവിരിക്കുന്ന ആ സിംഹാസനത്തിന് വലതുവശത്തായിട്ട് ഒരു വലിയ ആമയുണ്ടല്ലോ രത്നങ്ങൾ പതിച്ച ആമ അതായത് ആമയുടെ ഒരു വലിയ ആമയുടെ രൂപത്തിൽ അനേക രത്നങ്ങൾ പതിച്ച ആമയുണ്ടല്ലോ ആമയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവർ പറഞ്ഞ അതെ ആമയുണ്ട് ആ രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആമയെ നിങ്ങളുടെ ഈ രാജ്യത്തിലെ ആ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുടെ അനുയായികളുമൊക്കെ വന്ന് പ്രണ പ്രണമിക്കാറില്ലേ എന്ന് ചോദിച്ചു അതെ ഉവ് ഉണ്ട് ആ എന്നാലേ നിങ്ങൾ ഇവിടെ ഒരു ആമയെ കണ്ടോ അപ്പൊ അവിടെ ഒരു ആമ ഉണ്ട് ചളിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞു ആ ആമയെ ഇവിടെ കൊണ്ടിടുക ഈ ആമയെ അവിടെ കൊണ്ടുവയ്ക്കുക നടക്കൂ ഇത് എന്ന് രാജാവിനോട് അന്വേഷിച്ചു വരാൻ പറഞ്ഞു കാരണം പണ്ട് ഞാൻ അവിടെ ഇരുന്ന ആളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി ഇത് വളരെ എന്താ സട്ടിലായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ രത്നം പതിച്ച ആമയെ കൊണ്ട് ഇവിടെ ഇവിടെ ചളിയിൽ ഇരിക്കുന്ന ആമയെ കൊണ്ട് അവിടെ തലങ്ങൾ വേറെയാണ് എന്ന് പറയാം രണ്ട് രണ്ടും രണ്ട് തലങ്ങളിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് അവിടെ അവിടെ ഇരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇനി എവിടെ ഇരിക്കാനൊന്നുമില്ല എന്ന് പറയാം ഇതിനെ അവിടെ ഇരുത്താൻ പറ്റില്ല അതിനെ ഇവിടെ ഇട്ടിട്ട് കാര്യവുമില്ല ചളിയിലിട്ട് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നതിൽ യാതൊരു പ്രയോജനമില്ല ഇവർ തിരിച്ചുപോയി പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല കാരണം ഇദ്ദേഹം പണ്ട് ഇരുന്ന ആളാണ് ഇതെല്ലാം പൂർവികന്മാർ അങ്ങനെയായിരുന്നു എല്ലാം ത്യജിച്ചിറങ്ങുന്നതാണ് മഹാജ്ഞാനിയായിട്ട് ഒരാളാണ് എന്ന് പറയാം അപ്പം അദ്ദേഹം ആരാണ് ജ്ഞാന സംചിഹ്ന സംശയം അറിവുകൊണ്ട് എല്ലാ പ്രകാരത്തിലുള്ള സംശയങ്ങളും നീങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ് പിന്നെ ഒരു സംശയം ഒരൽപ്പം പോലും അവശേഷിക്കുന്നില്ല എന്ന് പറയാം എല്ലാ സംശയവും നീങ്ങിയിട്ടുള്ളതാണ് ഭഗവാൻ ഈ അധ്യായത്തെ ഉപസംഹരിക്കണോ തൂതം ഹൃസ്ഥിത് സംശയം യോഗം ആ തിഷോത്തിത ശ്രീമദ്ഭഗവത്ഗീതുപനിഷത്സു ബ്രഹ്മവിദ്യോസ് ശ്രീകൃഷ്ണർജുന തസ്സംഭൂതം ഹൃം ജീന ചിത്രം സംശയം യോഗം ആദിഷ്ടോത്തിഷ ഹേ ഭാരത ഭഗവാൻ ഉപസംഹരി അതുകൊണ്ട് ആത്മനഹ ഹൃസ്തം ആത്മനഹ തൻ്റെ തന്നെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതും തൻ്റെ മനസ്സിൽ നിലകൊള്ളുന്നതായിട്ടുള്ള അജ്ഞാനസംഭൂതം അജ്ഞാനത്തിൽ നിന്നുദ്ഭവിച്ചതായിട്ടുള്ള ഏനം സംശയം ഈ സംശയത്തെ എന്ത് വേണം ജ്ഞാനാസിന ഭഗവാൻ പറയുന്ന ഒന്നാമത്തെ ആയുധം ഭഗവത്ഗീതയിൽ ജ്ഞാനാസിന അറിവാകുന്ന വാൾകൊണ്ട് അസിന എന്ന് പറഞ്ഞാൽ വാള് ജ്ഞാനാസിന അറിവാകുന്ന വാൾകൊണ്ട് ചിത്ത മുറിച്ചിട്ട് ഛേദിച്ചിട്ട് യോഗ യോഗത്തെ ആദിഷ്ഠ അനുഷ്ഠിക്കൂ അപ്പൊ യോഗത്തെ അനുഷ്ഠിക്കാനുള്ള യുദ്ധമാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് യോഗത്തെ പരമമായ യോഗത്തെ അനുഷ്ഠിക്കാൻ ഒരു യുദ്ധം ആവശ്യമാണ് ആ യുദ്ധത്തിലേക്കായിട്ട് എന്തൊക്കെ ആയുധങ്ങൾ ഉപകരണങ്ങൾ ആവശ്യമാണോ അതിൻ്റെ ഒരു ആയുധം പ്രധാനപ്പെട്ട ആയുധമാണ് അറിവാകുന്ന വാൾ ജ്ഞാനാസിന രണ്ടാമത്തെ വാള് ഭഗവാൻ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നിട്ടോ ചിത്വാ യോഗം ആദിഷ്ട അതിനായിക്കൊണ്ട് അർജുനൻ ഇരുന്നിട്ടുണ്ട് കുറേ മുൻപ് അതിനായിക്കൊണ്ട് ഹേ ഭാരത അല്ലയോ അർജുന ഉത്തിഷ്ഠ എഴുന്നേറ്റാൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എഴുന്നേൽക്കാം എന്ന് പറയാം യുദ്ധത്തിന്റെ ആരംഭം ഇവിടെ നാലാം അധ്യായത്തിലാണ് അതുകൊണ്ട് എഴുന്നേൽക്കൂ പറയും ഒന്നുകൊണ്ടും പഠിക്കേണ്ട യുദ്ധത്തിനായിട്ട് എഴുന്നേറ്റാൽ അജ്ഞാനത്തിൽ നിന്ന് ജനിച്ച ഏനം സംശയം അജ്ഞാനത്തോടുകൂടി ഇരിക്കുമ്പം കണ്ണ് കാണാതെ ഇരിക്കുമ്പം കാത് കേൾക്കാതെ ഇരിക്കുമ്പം എങ്ങനെ സംഗീതത്തെ അറിയും എങ്ങനെ കാഴ്ചകൾ ഉണ്ടാവും ഹോ കണ്ണൊന്ന് തുറന്നു കിട്ടിയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇവന്മാരി ഭൂമിയെക്കുറിച്ചും നദിയെക്കുറിച്ചുമൊക്കെ എങ്ങനെ പാടി പുകഴ്ത്തണു സൂര്യോദയം ഭയങ്കരാണത്ര അന്തന്മാരും അറിയാം ഇതുപോലെയാ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതങ്ങോട്ട് നീങ്ങിക്കിട്ടിയാൽ അർജുന അതിനായിട്ട് നീ വാളെടുക്കൂ ഛേദിക്കൂ നിന്റെ ഈ സംശയത്തിൽ നിന്ന് ജാതമായ ഈ അജ്ഞാനത്തെ നീ എന്തു വേണം ഛേദിച്ചാലും അതിനായിക്കൊണ്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ നമ്മുടെ എഴുന്നേൽക്കുക എന്തിനായിരിക്കണം ഇതിനായിക്കൊണ്ടായിരിക്കണം ഉത്തിഷ്ഠ ഉത്തിഷ്ട ജ ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാര നിശിതം ദുരതയാ ദുർഗം പതസ്ഥ കവയോ വന്തി കഠോപനിഷത്തിൽ യമധർമ്മൻ ഉത്തിഷ്ഠത ജാഗ്രത എഴുന്നേൽക്കൂ ഉണരു ഉണർന്നെഴുന്നേക്കാനല്ല ഉണർന്ന ഒരിക്കലും എഴുന്നേൽക്കില്ല വീണ്ടും ഉറങ്ങും എഴുന്നേൽക്കൂ ഉണരു പ്രാപ്യവരാൻ നിബോധത ശ്രേഷ്ഠന്മാരായ വരേണ്യന്മാരായവരുടെ അടുത്തേക്ക് ചെല്ലുകുട്ടി അവരെ സമീപിക്കൂ എന്നിട്ടോ നിബോധത ഉണരൂ അറിയൂ ഓർക്കുക ക്ഷുരസ്യധാരാ നിശിതം ദുരതയാ ഭാർബരുടെ കത്തി അങ്ങനെ കത്തിയുടെ വായിത്തലയുടെ മുകളിലൂടെയുള്ള നടപ്പാണ് ധാരാ നിശിതം ദുരത്തയാ ദുർഗം വധസ്ത കവയോ വധന്തി കവയ വവികൾ പറയപ്പെട്ടിട്ടുണ്ട് അത് ശ്രദ്ധാപൂർവം എഴുന്നേൽക്കൂ എന്നിട്ടോ ഛേദിക്കും ഭഗവാൻ ഓം തത്സദ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ ജ്ഞാനകർമ്മസന്യാസം ചതുർത്ഥോ അധ്യായ നാലാം അധ്യായം സമാപ്തം ഈ അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം അതിൻ്റെ എന്താ പറയുക എസൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതായത് ഭഗവാൻ പറയുന്നു ഇവിടെ ജ്ഞാനയോഗ രഹസ്യം അറിയാത്തവന് കർമ്മയോഗിയായിരിക്കാൻ സാധ്യമല്ല ജ്ഞാനരോഗ ജ്ഞാനയോഗ രഹസ്യം അറിയാത്തവന് കർമ്മയോഗിയായി ഇരിക്കുക എന്നത് സാധ്യമല്ല ഒന്ന് പിന്നെയോ കർമ്മയോഗി എന്ന നിലയിലല്ലാതെ ജ്ഞാനയോ ജ്ഞാനയോഗിയാകുക എന്നതും അസാധ്യം അസംഭാവ്യം ഇതാണ് ഈ അധ്യായത്തിന്റെ ചുരുക്ക ഇനി അങ്ങോട്ട് ചുരുക്കാൻ പറ്റില്ല അതിൻ്റെ സമന്വയം അതിൻ്റെ പ്രകടനമാണ് എന്താ ഗീത എന്ന് പറയുക അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനം അതിൻ്റെ അനുഗ്രഹമാണ് അങ്ങനെയാണ് നമ്മിൽ അത് വരിക അപ്പം നമ്മളെ സംബന്ധിച്ച് ജ്ഞാനയോഗി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര അറിയാം ഒന്നും ചെയ്യില്ല കർമ്മയോഗി എന്ന് പറഞ്ഞാൽ രാവിലെ മൺവെട്ടി എടുത്ത് തുടങ്ങും അങ്ങോട്ട് നിരന്തരം കർമ്മം കർമ്മം കർമ്മം കർമ്മം അങ്ങനെ ഈ മൺവെട്ടിക്കൊണ്ട് മണ്ണ് കളയ്ക്കലല്ല കർമ്മം എല്ലാം കർമ്മം തന്നെ പക്ഷെ നമ്മള് ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അറിവാണ് ഇതിന് പ്രധാനം എന്ന് പറയാം രണ്ടിന്റെയും സമന്വയം ഓതപ്രോതം എന്ന് വേദാന്തത്തിൽ ഒരു പ്രയോഗമുണ്ട് നൂല് തോർത്തുമുണ്ടിൽ നൂല് പോകുന്നത് പോലെ ഒന്നിങ്ങട്ടാണെങ്കിൽ ഒന്നിങ്ങട്ടാണ് പറയാം അറിവും കർമ്മവും ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ പൂർണമുദ്യ പൂർണ്ണ പൂർണമാദ പൂർണമേവാവിഷ്യ ഓ ശാ ശാ ശാ